എല്ലാവർക്കും നമസ്കാരം ആദ്യമായി എസ് എൻസിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് അതിലേക്ക് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനായി എന്നെ വിളിച്ചതിൽ ഉള്ള നന്ദി ആദ്യമായി ഇവിടുത്തെ എസ് എൻസ് ഭാരവാഹികളോട് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ എസ് എൻസിൻ്റെ ഇതിനു മുന്നേ തന്നെ ഇവിടെ തുടങ്ങേണ്ടിയിരുന്നതാണ് ഒന്ന് രണ്ട് വലിയ പരിപാടികൾ വന്നു ചില കാരണങ്ങളാൽ സാങ്കേതിക കാരണങ്ങളാൽ നടക്കാതെ പോയതാണ് കുഴപ്പമില്ല നമുക്കിതൊരു നല്ല തുടക്കമായിട്ട് എടുക്കാം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗുപ്തം എന്നാണ് ഗുപ്തം എന്ന് കേൾക്കുമ്പോൾ എനിക്കറിയില്ല ഗുപ്ത രാജാക്കന്മാർ എന്നൊക്കെ ആയിരിക്കും ഗുപ്തം എന്ന് പറഞ്ഞാൽ മറച്ചു എന്നുള്ള അർത്ഥമാണ് നിഗൂഢമായ മിസ്റ്റീരിയസ് ആയ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനുഷ്യനെ ഈ ഗുപ്തമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളൊരു കൈ തന്നെ എടുത്തു കഴിഞ്ഞാൽ കയ്യിലൊരു സാധനം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൈയ്യേക്കാൾ കൂടുതൽ നിങ്ങളുടെ ക്യൂരിയോസിറ്റി ഞാൻ ത്രൂ ഔട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേപേർ ചിന്തിക്കും എന്താ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് ഇഡ് ബി സം ഇനി ഞാൻ കൈ വിടർത്തുന്ന സമയങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങളെ ഞാൻ ത്രൂ ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കുകയാണ് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും ഇത് നമ്മുടെ മസ്തിഷ്കം റീഡ് ചെയ്യുന്ന രീതി വളരെ രസകരമാണ് നമ്മളത് പിന്തുടരും ചെറിയ ചെറിയ മിസ്റ്ററികൾ എന്തുകൊണ്ടാണ് ഈ ഡിക്റ്ററി നോവൽസും അതേപോലെ തന്നെ അത്തരത്തിലുള്ള സിനിമകളൊക്കെ നമ്മൾ ആവർത്തിച്ച് അതിനെ പിന്തുടരുന്നത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് ആവശ്യപ്പെടുന്നു ഒരു ലഹരി പോലെയാണ് എങ്ങനെയാണോ മദ്യം മദ്യത്തിൻ്റെ മോളിക്യൂൾസ് നിങ്ങളുടെ മസ്തിഷ്കം ആവശ്യപ്പെടുന്നത് മയക്കുമരുന്നിൻ്റെ മോളിക്കൂൾസ് ആവശ്യപ്പെടുന്നത് ഈവനൊരു ചായയോ കാപ്പിയോ കൃത്യമായ സമയങ്ങൾ ആവശ്യപ്പെടുന്നത് അതേപോലെ ഇത്തരത്തിലുള്ള നിഗൂഢതകൾ രഹസ്യാത്മകതകൾ നിങ്ങളുടെ മസ്തിഷ്കം ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്തൊക്കെയാണോ നമ്മുടെ മസ്തിഷ്കം ഫോളോ ചെയ്യുന്നത് അതിനെല്ലാം വലിയ മാർക്കറ്റുണ്ട് എന്നുള്ളതാണ് അതിന് അതെല്ലാം പണമാണ് നമ്മളുടെ എല്ലാ താല്പര്യങ്ങളും പണമാണ് സിനിമ കാണാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അത് പണമാണ് പോൺ താല്പര്യമുണ്ടെങ്കിൽ അത് പണമാണ് മനുഷ്യൻ്റെ താല്പര്യം ഇല്ലാത്ത ഒന്നും പണമല്ല പണമെന്ന് പറയുമ്പോൾ വെറുതെ കറൻസിന്ന് എടുക്കണ്ട അതൊരു താല്പര്യത്തിൻ്റെ ഒരു വേറൊരു വാക്കാണത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പല പല കോൺസ്പിറസി തിയറീസിനെ കുറിച്ചും കേട്ടിട്ടുണ്ടാകും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ അതിൽ ഒരു ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ചന്ദ്രനിൽ പോയിട്ടില്ല വെറുതെ റോക്കറ്റൊക്കെ വിട്ട് കാണിക്കുകയായിരുന്നു മനുഷ്യനെ പറ്റുകയായിരുന്നു എന്നുള്ളൊരു സിദ്ധാന്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അതേപോലെ ഒരു സിദ്ധാന്തമാണ് ഈ ഫ്ലാറ്റപ്പ് തിയറി എന്ന് പറയുന്നത് അതായത് ഭൂമി യഥാർത്ഥത്തിൽ പറഞ്ഞതാണ് ഉരുണ്ടതാണ് എന്നുള്ളൊരു വ്യാജ പ്രചരണമാണ് നടത്തുന്നത് പറന്നതാണെന്ന് തെളിയിക്കാനായിട്ട് ഇപ്പോൾ ഈ അടുത്തിടെ ഒരാൾ ഒരു ഹൈഡ്രജൻ ബലൂണിനകത്ത് മേളിൽ പോയി ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നിട്ടും അതിൻ്റെ പടവെടുക്കുക അല്ലെങ്കിൽ കണ്ടു ബോധ്യപ്പെടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പക്ഷേ അദ്ദേഹത്തിന് ആ ഉയരത്തിലൊന്നും എത്താൻ കഴിഞ്ഞില്ല ഏതാനും കിലോമീറ്ററുകൾ മുകളിലെത്തി അദ്ദേഹം തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യപ്പോൾ ഒരു ക്രാഷ് ലാൻഡിങ് ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ നടുവ് ഉളുക്കുകയും കൂടെ വെട്ടുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു പ്രൈം ടൈം ടെലിവിഷൻ പരിപാടികളിൽ ഈ പുള്ളി വന്നിരുന്ന് ഖോറെ ഘോ ചർച്ച ചെയ്യുക ആളുകൾ ഫോളോ ചെയ്യാണ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ അല്ല ഇന്നത്തേയും സമൂഹത്തിൽ പലപ്പോഴും ഇതിൽ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം നമുക്ക് പരിചയപ്പെട്ടതാണ് ഒന്ന് മൂന്ന് ഹോക്സും ഫ്ളാറ്റർത്തും ഈ കോൺസ്പിറസി തിയറി അവതരിപ്പിക്കുന്ന മിക്കവാറും ആൾക്കാർക്ക് ഈ രണ്ടും മൃഗ സ്വീകാര്യമായ സാധനമാണ് എന്താണ് കോൺസ്പിറസി തിയറി പലപ്പോഴും ഇങ്ങനെയാണ് ഈ ലോകത്ത് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അതൊരു എന്താ പറയുക ഒരു പുകമറയാണ് എല്ലാം നമുക്കങ്ങനെ തോന്നുകയാണ് ഈ കാണുന്ന ആളുകളൊന്നും യഥാർത്ഥത്തിൽ ജനുവിനായിട്ട് അവിടെ വന്നതല്ല ദ റെപ്രസെന്റ് സംതിങ് ഒരു മറ്റേ പ്രതിനിധീകരിച്ചാണ് അവിടെ ഉള്ളത് മാത്രമല്ല ഇതെല്ലാം നിയന്ത്രിക്കുന്ന ചില ശക്തികൾ ലോകത്തിൻ്റെ എവിടെയോ നിഗൂഢമായ സ്ഥലങ്ങളിലിരുന്ന് ചരട് വലിക്കുന്നുണ്ട് അവരുടെ കയ്യിലെ പാവകളാണ് ഇവരെല്ലാം മോഡി എടുത്തു കഴിഞ്ഞാൽ മോഡി എന്ന് പറയുന്ന ആളുടെ ഒരു വിജയമല്ല മറിച്ച് മോഡിയെ നിയന്ത്രിക്കുന്ന ശക്തികളുടെ വിജയമാണ് അവർ ഇന്ന ഒരു ഭൂഗർഭ അറയിലിരുന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിന് മറ്റു തെളിവുകളുമുണ്ട് മോഡി എന്നവിടെ മറിഞ്ഞു വീണില്ലേ അപ്പോൾ കാണിച്ചൊരു ചിഹ്നം ആ സംഘടനയുടേതാണ് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ കണക്റ്റഡ് ലോജിക്കിൽ ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ പോയി ഒരു വലയം നമുക്ക് ചുറ്റും സൃഷ്ടിക്കുകയാണ് ഈ തെളിവുകളുടെ സ്യൂഡോ തെറ്റായ തെളിവുകളുടെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തെളിവ് തന്നെ തെറ്റാണെന്ന് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് തെറ്റായ തെളിവിന്റെ മേളിലുള്ള തെളിവുകൾ മതത്തിന്റെ അതേ ടെക്നിക്കാണ് ഒരു നുണയുടെ മേൽ നുണകൾ നുണകൾ നുണകൾ നുണകൾ ഇങ്ങനെ വെച്ചു കൊണ്ടുപോകണം ആദ്യത്തെ തന്നെ നുണയാണെന്ന് തിരിച്ചറിയുന്ന ആൾക്ക് മാത്രമേ ഇതെല്ലാം ഡീൽ ചെയ്യാൻ പറ്റൂ അല്ലാത്തവരുടെ പ്രശ്നം അവര് തെളിവുകളും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രീതി പ്രതീതി അവർക്കുണ്ടാകും അവർക്കെല്ലാം തെളിവുകൾ പക്ഷെ ആദ്യത്തെ തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല പ്രശ്നം നിങ്ങള് പ്രധാനമായിട്ടും ഈ കോൺസ്പിറസി തിയറീസ് അല്ലെങ്കിൽ ഗുപ്തമായിട്ടുള്ള ആശയങ്ങള് സംഘടനകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഇലൂമിനാറ്റി എന്ന് പറയുന്നത് സാർ ഇലൂമിനാറ്റി എന്താണെന്ന് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് എൻ്റെ ഇൻബോക്സിൽ വന്ന് വല്ലതും ചോദിക്കാറുണ്ട് എന്താ സാറേ ഇലൂമിനാറ്റി എന്താണ് സാറിൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇത് സാധാരണ കുട്ടികൾ ഫോളോ ചെയ്യുന്നൊരു ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുതരം ഗെയിം പോലെ എടുക്കാം നിങ്ങളൊരു സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കഥയിൽ വിശ്വസിക്കുന്നു ആ കഥയുടെ തെളിവ് തേടി നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇലൂമിനാറ്റി എന്ന് പറയുമ്പം പ്രധാനമായിട്ട് ഉദ്ദേശിക്കരുത് ഒരു രഹസ്യ ക്ലബാണ് അല്ലെങ്കിൽ രഹസ്യ സംഘമാണ് ഈ സംഘം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ രൂപത്തിലല്ല അതായത് ആയിരത്തി എഴുന്നൂറ്റി ജർമ്മനിയിലെ ബബേറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ബബേറിയ ജർമ്മനി ആയിട്ടില്ല പല പല രാഷ്ട്രങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതാനും പേർ ഈ പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ആഡം വെയ്ഷപ്റ്റ് എന്നാണ് പല രീതിയിൽ അത് ഉച്ചരിക്കാം ജർമ്മൻ പദമാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്ന് ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് രഹസ്യ ഗ്രൂപ്പ് ആ രഹസ്യ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം ഇത്രയുള്ളൂ അന്നത്തുള്ള കത്തോലിക് ചർച്ച് ഒബ്സ്കുരാൻഡിസം സൂപ്പർ സ്റ്റീഷ്യൻ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള സമരങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനായിട്ടുണ്ടാക്കിയ ഒരു എൻലൈറ്റന്മെന്റ് ഗ്രൂപ്പാണ് ശരിക്കും ഇലൂമിനാറ്റി അതായത് ഇന്ന് സ്യൂഡോ സയൻസിൻ്റെയും വിഭ്രമകരമായിട്ടുള്ള ചിന്തകളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് ആളുകൾ കൊണ്ടു ഒരു മതാത്മക സിദ്ധാന്തമായ ഇലൂമിനാറ്റി തുടങ്ങിയത് ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായിട്ടാണ് എന്നുള്ളതാണ് അപ്പം എന്തടിസ്ഥാനത്തിലാണോ ഇത് തുടങ്ങിയത് ആ ഒരു കാര്യങ്ങളൊന്നും ഇന്നത്തെ ഇലൂമിനാറ്റി ഇലൂമിനാറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിങ്ങനെ ഒരു സാധനമായിരുന്നു അതിൽ പത്ത് പേരൊക്കെ ആയിരുന്നു ആദ്യം പത്ത് പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളു അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ തമ്മിൽ സ്വരച്ചർച്ചയില്ലാതെ അങ്ങനെ അവയുടെ ശക്തി കുറഞ്ഞു പിന്നെ മാത്രമല്ല ഇലൂമിനാറ്റിയുടെ ഒരു പ്രത്യേകത ഇന്നോ വാട്ട് ദർ ഡൂയിങ് ഇസ് ഒപ്പോസിങ് റിലീജിയസ് ആൻഡ് എലിറ്റിസ്റ്റ് ഇൻഫ്ലുവൻസ് ഓവർ ഡെയിലി ലൈഫ് അതായത് സമ്പന്നര് പ്രഭുക്കൾ അതുപോലെ മതം ഇതൊക്കെ സമൂഹത്തിന് ചെലുത്തുന്ന ഇൻഫ്ലുവൻസിനെ ചെറുക്കാനായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് ഒരു രഹസ്യ ഗ്രൂപ്പാണ് ഇതിന്റെ കുറിച്ചുള്ള വിവരങ്ങൾ ചാൾസ് തിയോഡർ എന്ന് പറയുന്ന ബവേറിയൻ റൂളറുടെ പക്കലെത്തുന്നത് അദ്ദേഹത്തിന്റെ രാജ്ഞി വഴിയാണ് ഇപ്പൊ രാജ്ഞിയോട് വല്ലതും പറഞ്ഞു രാജാവ് മതം അതുപോലെ പ്രഭുവർഗം ഇവരെ മൂന്നുപേരെ എതിർക്കുന്ന ഒരു രഹസ്യ ഗ്രൂപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരെ നശിപ്പിക്കണം അങ്ങനെ രാജാവ് പല ഘട്ടങ്ങളിലായിട്ട് അവരെ നിരോധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് തൊണ്ണൂറ് ഈ വർഷങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും നിരോധിക്കുകയും അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ ഇവരുടെ ഇന്റേർണലായിട്ടുള്ള പ്രോബ്ലം കാരണം ഇവരുടെ ആത്മവിശ്വാസം നശിക്കുന്നു ഇവർ ഒളിവിൽ പോകുന്നു ഒളിവിൽ പോകുന്നവരെ പിടിച്ച് കൊന്നുകളയുന്നു അങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് ഈവൻസ് നടക്കുന്നുണ്ട് അവസാനം അപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നില്ല എന്തായത് ഈ ചാൾസ് തിയോഡറിന്റെ നേതൃത്വത്തിലെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഇലൂമിനാറ്റിക്കെതിരെ നടന്നിട്ടും ഈ ഇലൂമിനാറ്റി എന്ന് പറയുന്ന ഒരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രിട്ടസ്റ്റായിട്ട് ഒരു ഒഴുകഴിവായിട്ട് എല്ലാവരും എടുക്കുക എന്ത് തങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോഴും ഇത് പണിയാണ് എന്ന് സ്ഥാപിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും വരാൻ തുടങ്ങി ഈവൻ ഫ്രഞ്ച് റവല്യൂഷന്റെ പിന്നിലും ഇവരുടെ രഹസ്യാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ള പ്രചരണം കാരണം ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഇലൂമിനാറ്റി ഇന്ന് നമ്മളിപ്പോ നൂറുകണക്ക് ഇപ്പൊ അത്ര ഇരുന്നൂറ് നൂറ്റി നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി വർഷം കഴിയുമ്പോൾ ആ പേരേയുള്ളൂ ആ ആ രഹസ്യ ഗ്രൂപ്പിന്റെ സ്വഭാവമൊന്നും ഇല്ല ഈ ഗോയിതയെ പോലെയുള്ള വലിയ ഇന്റലക്ച്വലുകളുടെ ഗ്രൂപ്പായിരുന്നു എന്നാണ് പറയുന്നത് ബൗദ്ധിക പ്രമുഖന്മാര് എഴുത്തുകാര് സാഹിത്യകാരന്മാർ ഇവരൊക്കെ ആയിരുന്നു ഇലൂമിനാറ്റിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇലൂമിനാറ്റിയെക്കുറിച്ച് നിങ്ങൾ കാണുമ്പോൾ ഈ ഇതൊരു സാധനമാണ് ആദ്യം കാണുന്നത് ഒരു ത്രികോണത്തിനുള്ളിൽ ഒരു കണ്ണ് ഈ കണ്ണ് ഇലൂമിനാറ്റിയുടെ കൂടെ അന്നുണ്ടായിരുന്നതാണ് ഈ ഫ്രീമേസൺസ് എന്ന് പറയുന്ന ഒരു സാധനം ഫ്രീമേസൺസും ഇലൂമിനാറ്റിയും പലരും തമ്മിൽ തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് രണ്ടാണ് പക്ഷേ ഫ്രീമേസണിൽ കുറേ നാൾ പ്രവർത്തിച്ച് അസന്തുഷ്ടനായാണ് ഈ ആരം ഇത് തുടങ്ങുന്നത് ഇലൂമിനാറ്റി തുടങ്ങുന്നത് രണ്ടും രണ്ടിനും ഏറ്റവും വലിയൊരു എതിർപ്പ് വന്നത് കാത്തോലിക് ചർച്ചിൽ നിന്നാണ് ചർച്ചിനെ സംബന്ധിച്ചോളം ഈ വിശ്വാസികളുടെ മേള പിടിയായ ഇന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇന്നും എതിർക്കുന്നത് ഇപ്പോഴും നിങ്ങളൊരു ഫ്രീമേസൻ ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലൂമിനാറ്റിയുടെ കാര്യത്തിൽ അറിയില്ല ഫ്രീമേസനാണെന്ന് പറഞ്ഞാൽ ഇന്നും ഈ ഞാൻ ഈ പറയുന്ന സമയവും കാത്തോലിക് ചർച്ചിൽ സ്ഥാനമില്ല അത് സാത്താൻ സേവയാണ് എന്നാണ് അവർ പറയുന്നത് സാത്താൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ എതിരാളിയാണ് സാത്താന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് ഈ ഇലുമിനാറ്റിയെ പൊതുവെ കാത്തലിക് ചർച്ചും അതുപോലെയുള്ള ആൾക്കാരും വിലയിരുത്തുന്നത് ആ കണ്ണെന്ന് പറയുന്ന സാത്താൻ്റെ കണ്ണാണ് ലൂസിഫർ പുള്ളിയാണ് നോക്കുന്നത് അപ്പം ഇലുമിനാറ്റി എങ്ങനെയാണ് കൂടുതലും നമ്മൾ അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലുമിനാറ്റി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല പട്ടണത്തിന്റെ നടുവിലൊരു സ്ഥലം പറയുന്നുണ്ട് വാഷിങ്ടൺ പട്ടണത്തിൽ ഒരു സ്ഥലത്തുണ്ടെന്ന് പറയുന്നുണ്ട് വത്തിക്കാനിലുണ്ടെന്ന് പറയുന്നത് വത്തിക്കാനിൽ ഈ ഫിനാൻസ് പണം സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് മറിക്കുന്ന വത്തിക്കാനിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എൻ്റർടൈൻമെന്റ് മീഡിയ ആർട്സ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളത് ലണ്ടനിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ പൊളിറ്റിക്സ് വെപ്പൺസ് അധിനിവേശം ബോംബ് പിന്നെ ആക്രമണം ഇതെല്ലാം വാഷിങ്ടൺ ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇലൂമിനാറ്റി വർക്ക് ചെയ്യുന്നത് ആരാണ ഇല്ലുമിനേറ്റി എന്ന് ചോദിച്ചേഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിലെ രണ്ടാമത്തെ അക്ഷരമാണ് നിക്കുബാരം ഉത്രായിട്ട് കിട്ടുന്നത് ആ പക്ഷേ ഒരുപാട് പേര് കുറേ കുടുംബങ്ങളെ റോസ്റ്റ് സ്റ്റൈൽഡ് പോലെയുള്ള കുടുംബങ്ങളെ പലരേം ഇങ്ങനെ എടുത്തു കാണിക്കാറുണ്ട് എന്നിട്ട് അവർ എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് સાબീകുന്ന രീതിയിലുള്ള തെളിവുകളും കൊണ്ടുവരാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇല്ലുമിനേറ്റി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അതാണ് രസം ഇല്ലുമിനേറ്റി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഇല്ലുമിനേറ്റിക്ക്തിരെ സംസാരിക്കാൻ എത്തുന്ന എഴുതുന്ന ആൾക്കാരുടെ വാക്കുകളിലും പ്രവർത്തിയാണ് മനസിലായത് ഇല്യൂമിനേറ്റി അനുകൂലിക്കുന്നവരല്ല ഇവരെല്ലാം ഇലുമിനേറ്റ് എതിരെ സംസാരിക്കുന്നതില്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു യൂട്യൂബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ ഒരു പത്ത് നൂറ്റമ്പത് വീഡിയോ ഒരു പയ്യൻ തന്നെ അവൻ പല ദിവസം ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവൻ അവന്റെ വാഴത്തോട്ടത്തിന്നായിരിക്കും ചിലപ്പോൾ മുറിമുറി നിന്നായിരിക്കും മൊത്തം മ്മ പറയുന്നത് നിങ്ങളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം കാര്യം ഇലൂമിനാറ്റി എങ്ങനെയാ വരുന്നത് നിങ്ങൾക്ക് അറിയില്ല അത് ചെയ്തിരിക്കുന്നു ഇത് ചെയ്തിരിക്കുന്നു ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വീഡിയോസ് ആണ് യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാ ചവറുകളും വന്നു ചേരുന്ന സ്ഥലം എന്ന അർത്ഥം നല്ല സാധനം ഒരു ഓപ്പൺ സ്പേസ് ആണ് അപ്പം ഇവരുടെ സംഭാഷണത്തിലൂടെയും ഇവരുടെ വാർണിംഗ് ദിവസവും വാർണിംഗ് ആണ് രാവിലെ പത്ത് മണിയാവുമ്പോൾ ഒരു വാർണിംഗ് ഇലൂമിനാറ്റി അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എക്സ്പ്ലെയിൻ വോൺ എഗൈൻസ്റ്റ് സോ കോൾഡ് നെഫേറിയസ് ഡി ഡിസൈൻസ് ഓഫ് ഇലൂമിനാറ്റി ഇലൂമിനാറ്റിയുടെ കുതന്ത്രങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാനായി ജനങ്ങളോട് ആവശ്യപ്പെടുന്ന ഇലൂമിനാറ്റി വിരുദ്ധരിൽ നിന്നാണ് ഇലൂമിനാറ്റിയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത് അപ്പൊ ഇലൂമിനാറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയമല്ല പക്ഷെ ഇലൂമിനാറ്റി വിരുദ്ധർ ഉണ്ട് അതാണ് ഇത് പ്രിൻസിപ്പിയർ ഡിസ്കോഡിയ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇതാണ് ഒരുപക്ഷെ ഇതിന്റെ തുടക്കം ഈ പുസ്തകം ശരിക്കും ഫണ്ണിയാണ് വളരെ പരിഹാസ്യം എന്ന് പറയാൻ ജോക്കാണെന്ന് പറയാൻ ഇത് ഈ പുസ്തകം സീരിയസ് ആയിട്ട് എടുക്കുന്നവരുണ്ട് തമാശയായിട്ട് എടുക്കുന്നവരുണ്ട് അർത്ഥതമാശയായിട്ട് എടുക്കുന്നവരുണ്ട് ഈ പുസ്തകമാണ് ശരിക്കും ഇലൂമിനാറ്റിയുടെ ഒരു താത്വികമായിട്ടുള്ള ഒരു അടിത്തറയെന്ന നില പലരും ഉന്നയിക്കുന്നത് ചിലർ പറയുന്നതിനകത്ത് ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട് ഇറ്റ്സ് എലൂമിനാറ്റി ഫിനോമിനെ ഗോഡ് ഗ്ലാമറൈസ്ഡ് ആഫ്റ്റർ ദ എമർജൻസ് ബുക്ക് പ്രിൻസിപ്പിൾ ഡിസ്കോഡിയ ഇത് പ്രിങ്കിപ്പിയ മാതമാറ്റിക്കു പറയുന്ന ന്യൂട്ടന്റെ പുസ്തകത്തിന്റെ ഒരു പാരഡി പോലെ തോന്നുന്നു ഓർഗനൈസേഷൻസ് വിച്ച് ക്ലെയിം ഓർ ആർ പെർപോർട്ട് ലിങ്ക്സ് ടു ദ ഒറിജിനൽ ബെബേറിയൻ ഇല്യൂമിനാറ്റി ഓഫ് സിമിലർ സീക്രട്ട് സൊസൈറ്റി ദോ ദീസ് ലിങ്ക്സ് ആർ അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ഇന്ന് ഇലൂമിനാറ്റി പലതാണ് മറ്റേത് ബെബേറിയൻ ഇല്യൂമിനാറ്റി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു കൊച്ചു Uh, uh enlightenment sanghadane <laughs> aayirunengil innu pala sanghadanalana ee sanghadanalalla chelere ee baberian illuminatiyude banda avagasapetunnundu chelle avagasapadunnilla chelle pudidana chelle endaanu arilla angane oru idanu they are often alleged to conspire to control world affairs by masterminding events and planting agents ivide polum illuminatiyude agentukal undu ennalla kaaryathil ഇലൂമിനാറ്റിയിൽ വിശ്വസിക്കുന്നവർക്ക് തർക്കമില്ല ഈ പ്രോഗ്രാം പോലും ചില വിചാരിക്കും ബോണ്ട് വാവു ആണ് ഇത് നടത്തിയതെന്ന് നടത്തിയത് പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നിൽ ആരാ അതാണ് അതിനെ അന്വേഷിക്കണം ഇത് പൊതുവെ ഈ കോൺസ്പേറി കോൺസ്പിറസി തിയറിയിൽ അഭിരമിക്കുന്ന ആൾക്കാർ നൽകുന്ന ഒരു സന്ദേശം എന്നറിയോ നിങ്ങൾ സാധാരണ ഇതിൽ ഇതൊരു മൊബൈലായിട്ടാണ് കാണുന്നത് പക്ഷെ ഇതൊരു മൊബൈലല്ല ഇതിന്റെ ഉള്ളിൽ നോർമലി ഈ കോൾ റിഡ്ജിന്റെ തന്നെ ഒരു പ്രയോഗമുണ്ട് Normally people look at things, but the poets look into things. തിങ്സ് എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ ഇതിൽ വസ്തുക്കൾ കാണുകയാണ് ചെയ്യുന്നത് ഓർഗാനിക് സെൻസിബിലിറ്റിയുള്ള ഹയർ സെൻസിബിലിറ്റിയുള്ള കവികൾ വസ്തുക്കളിലേക്ക് ഇൻറ്റു ആണ് അതിലേക്കാണ് കാണുന്നത് പുറ പുറമേയുള്ള അവർ സാധനം അല്ല അവർ കാണുന്നത് എക്സ് റേ ഐസ് എന്ന് പറയും ഈ എക്സ്റേ ഐസ് ഉള്ള ആൾക്കാരാണ് ഈ ഇലൂമിനാറ്റിയെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ മൂൺ ഹോക്സ് നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന മനുഷ്യൻ ചന്ദനിൽ പോയിട്ടുണ്ടെന്ന് അതാണ് ഇതാണ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്കൊന്നും പോരാ ഞങ്ങൾക്ക് ടൺസ് ഓഫ് എവിഡൻസ് ഇനിയും ആവശ്യമുണ്ട് വി ആർ സ്പെഷ്യൽ ബ്രീഡ് എന്നുള്ള അവകാശവാദം കൂടി ഇതിനകത്തുണ്ട് മൂന്നാല് പുസ്തകങ്ങള് പ്രധാനപ്പെട്ട ഈ രണ്ട് പുസ്തകം ഇലുമിനറ്റസ് എന്ന് പറയുന്നൊരു പുസ്തകം ഇലുമിനാറ്റി മെയ്ഡ് ഫേമസ് ബൈ റോബർട്ട് ആൻഡൺ വിൽസൺസ് ഇലുമിനറ്റസ് and dan brown's sensational novel angels and demons also contributed heavily and a film is also made on this ee film kandittullavar undao angels and demons andalle adeyane pustham dan brown nu paranjeynal ariyavallo itrathillulla sadhanangal ee ee sahityam yatharthathile phalakkum sabdikkanda oru karyam endano ningala masishka aavishapadunnathu adana ningala sahityathilude kodukkanda അതായത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് പ്രിഫറൻസസ് ബൈ ദ ബ്രെയിൻ സാഹിത്യത്തിന് സിനിമയിൽ അതാണ് കൊടുക്കേണ്ടത് സത്യം കൊടുക്കുക എന്നുള്ളതോ യാഥാർത്ഥ്യം കൊടുക്കുക എന്നുള്ളതോ വസ്തുനിഷ്ഠതകൾ അവതരിപ്പിക്കുക എന്നുള്ളതോ സാഹിത്യത്തിന്റെയോ കലയുടെയോ ഒരു ലക്ഷ്യമല്ല അങ്ങനെ കരുതുന്നവരെല്ലാം ട്രാജഡികളായി മാറിയിട്ടുണ്ട് ഞാൻ കയറി ഉദ്ധരിക്കാൻ പോവുകയാണ് ജനങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ് ഞാൻ പ്രബോധനം നടത്താൻ പോവുകയാണ് എന്നൊക്കെ കരുതുന്നവർ എഴുത്തുകാരെന്ന നിലയിൽ വലിയ പരാജയങ്ങളാവുന്നതിന്റെ കാരണം യഥാർത്ഥത്തിലെ എഴുത്തുകാരനെ അടിസ്ഥ ഇൻസ്ട്രക്ട് ആൻഡ് ഡിലൈറ്റ് എന്നാണ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക അതോടൊപ്പം തന്നെ ആനന്ദിപ്പിക്കുക എന്നുള്ളത് ഇന്നിപ്പോ ആനന്ദിപ്പിക്കുക എന്നുള്ള സാധനമേ ഡിലൈറ്റ് എന്നുള്ളതിനാണ് കൂടുതൽ താല്പര്യം കലയിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് വലിയൊരു പ്രശ്നമായിട്ട് വലപ്പെടുമാറുന്നത് എന്തുകൊണ്ടാണ് ഇലൂമിനാറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിന് അതിനൊരു ഉദാഹരണം ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇത് പണ്ട് വുഡ്രോ വിൽസൺ ലീഗ് ഓഫ് നേഷൻസിന്റെ തുടക്ക സമയത്ത് വളരെ ഒന്നാം ലോകമായ കാരണം വളരെയധികം സ്കാറ്റേഡ് ആയിപ്പോയിട്ടുള്ള ലോകക്രമത്തെ എല്ലാം കൂടെ ഒന്ന് ശരിയാക്കിയെടുക്കാനായിട്ടും ഒരു ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ള ഒരു പദം അദ്ദേഹം ഉപയോഗിച്ചു ഈ പദത്തിൽ പിടിച്ചാണ് പിന്നീടുള്ള ഇലൂമിനാറ്റി സാഹിത്യം മുഴുവൻ പോകുന്നത് അതായത് ആരോ എവിടെയോ ഇരുന്നു കൊണ്ട് ഒരു പുതിയ ലോകക്രമം ഉണ്ടാക്കാനും അതിന്റെ മുഴുവൻ ചരടുകളും തങ്ങളുടെ കയ്യിൽ എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ വന്നേ ദസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് വെൽ നോൺ വെസ്റ്റേൺ യൂസേസ് ഓഫ് ദ ടെ was in Woodrow Wilson's 14 points and in in a call for league of nations this phrase was used sparingly at the end of world war second second world war the end of this phrase was not used because the nations that honored the war the two league of nations were a miserable defeat because this phrase was not again in the UN charter at the same time ബുഷിന്റെ ഒരു പ്രസംഗത്തിലെ ഈ വാക്ക് അടുത്തറ വന്നതായിട്ട് ഇലൂമിനാറ്റി പ്രതിരോധകരെല്ലാം പറയുന്നത് അദ്ദേഹം പറയുന്നതാണ് എ ഹൺഡ്രഡ് ജനറേഷൻസ് സെർച്ച് ഫോർ ദിസ് ഇല്യൂസീവ് of ഓഫ് പീസ് വൈ ല തൗസൻഡ് വോസ് റേഞ്ചർ അക്രോസ് ദ സ്പാൻ ഓഫ് ഹ്യൂമൻ എൻഡവർ ടുഡേ ദ ന്യൂ വേൾഡ് ഈസ് സ്ട്രഗ്ലിംഗ് ടു ബി ബോൺ എ വേൾഡ് ക്വാറ്റ് ഡിഫറെ ഫ്രോം ദ ഓൺ വി ഹ് നോൺ ഇത് ഇറാഖി യുദ്ധത്തിന് ശേഷം സദാ ഹുസൈൻ്റെ കുവൈറ്റ് ആക്രമണത്തിന് ശേഷം അടിച്ചു നിരപ്പാക്കിയതിനു ശേഷം ബുഷ് സീനിയർ നടത്തിയൊരു പ്രസംഗത്തിലെ വരികളാണ് നമ്മൾ ആ സമാധാനം നമ്മൾ ആ തേടിക്കൊണ്ടിരുന്ന ആ സമാധാനം ആ ലോകക്രമം ഇതാ വന്നിരിക്കുന്നു ഇത് ഇലൂമിനാറ്റിക്കാർ പറഞ്ഞു കണ്ടോ ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇലൂമിനാറ്റി ഒരു ലോകക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ബുഷിന്റെ പ്രസംഗത്തിലൂടെ അറിയാം ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഈ ഒരു ബുഷിന്റെ ബുഷ് നന്നായിട്ട് പ്രസംഗിക്കും പക്ഷെ ബുഷിന്റെ അച്ഛൻ അത്ര വലിയൊരു പ്രാസംഗികനായിരുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ്സ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നല്ല പ്രാസംഗികരാണ് പൊതുവിൽ അത് റെയ്ഗൻ ആയാലും ക്ലിന്റൺ ആയാലും ഒബാമ ഈ ജോർജ് ബുഷായത് ജോർജ് ബുഷ് വലിയ തോതിലൊക്കെ പ്രതിരോധിക്കപ്പെട്ടതിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആൾ തന്നെയാണ് പിന്നെ അവർ അങ്ങനെ ഒരു സ്കിൽസൊക്കെ ഉള്ളവരെ അവർ പിന്നെ ടോപ്പ് കീ പോസ്റ്റിൽ അവരെടുക്കുള്ളൂ അവരെ പ്രിഫറൻസ് എങ്ങനെയാണ് അത്ലറ്റിക് ആയിരിക്കണം മോസ്റ്റ് ഓഫ് ദി അമേരിക്കൻ പ്രസൻസ് ഗുഡ് ലുക്കിംഗ് ആണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്ലറ്റിക് ആണ് ഒരു സ്ത്രീയെ പോലും അവർ ഇതൊരു പ്രസന്റ് അവർക്ക് കുറേ പ്രിഫറൻസസ് ഉണ്ട് അവർ വലിയ ജനാധിപത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ടുള്ള വാല്യൂസ് ഒക്കെ പറയുമ്പോഴും ഒരു ബ്ലാക്ക് പ്രസിഡന്റ് ഇതുവരെ വന്നിട്ടില്ല ഒബാമ ബ്ലാക്ക് ആയിട്ട് കരുതുന്നവരുണ്ട് ചെല്ലു പറയുന്നു ഈ നോട്ട് ബ്ലാക്ക് ഇൻഫ് ട് ബി ബ്ലാക്ക് ഓർ വൈറ്റ് ഇൻഫ് ടു ബി വൈറ്റ് പക്ഷെ ചില മാറ്റങ്ങൾ അവിടെ വരാറുണ്ട് ഒരു വനിതാ പ്രസിഡന്റ് ഒരു ബ്ലാക്ക് പ്രസിഡന്റ് ഒക്കെ വരാനുണ്ട് ഇനിയും ഞാൻ വസ്തുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ എന്റെ അഭിപ്രായം അല്ലെ ഇത് അച്ഛൻ ബുഷും മോഹൻ ബുഷു ആണ് ഇവര് ബുഷ് ഫാമിലി ഒരു വലിയ സാമ്പത്തിക ഭീമന്മാരാണല്ലോ ഇനി ഇലൂമിനാറ്റിയെ കുറിച്ചുള്ള വേറൊരു അഭിപ്രായമാണ് ഈ ആരാണ് ഇലൂമിനാറ്റി എന്ന് ചോദിച്ചു എല്ലാവർക്കും ഉത്തരവുണ്ട് അതായത് ഈ ലോകക്രമം മുഴുവൻ നിയന്ത്രിക്കുന്ന മുഴുവൻ ചരട് വലിക്കുന്ന ഒരു നിഗൂഢ ശക്തി ലോകത്തിന്റെ ഏതോ കോഡിലോ ഭൂഗർഭറയിലോ കുഴിയിലോ കിണറിലോ കുളത്തിലോ ഒക്കെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ആന്റി കമ്മ്യൂണിസ്റ്റുകളോട് ചോദിക്കുകയാണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനെതിരെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കമ്മ്യൂണിസം ലോകത്തിൻ്റെ തന്നെ ശാവമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അവരോട് ചോദിക്കുകയാണെങ്കിൽ പറയും ഈ ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഇലൂമിനാറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസമാണ് കാരണം ലോകമെമ്പാടും അവർക്ക് സെല്ലുകളുണ്ട് അവർക്ക് ശാഖകളുണ്ട് അവരെ സംബന്ധിച്ച് അങ്ങനെയാണ് അവർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് ഫാസിസ്റ്റ് വെയർ സെയിൻ ദൂസ് വെയർ ദ ഇലൂമിനാറ്റി ഫാസിസ്റ്റുകൾ എന്നും പറഞ്ഞിരുന്നത് എന്താണ് ജൂതന്മാർ ലോകം നശിപ്പിക്കാൻ വരുന്നു എന്നാണ് ജർമ്മനിയിൽ നാസികൾ പറഞ്ഞിരുന്നത് ഇവിടുത്തെ സമ്പത്തും മുഴുവൻ കാര്യങ്ങൾ അവർ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വരുന്നു നമ്മളതിനെതിരെ പ്രതിരോധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് Then Illuminati become another fashionable nonsense in the 21st century in pseudo-intellectual circles. And you can't use that. If you don't use that, you can't use that. You can't use that. It's Illuminati. You can use that. You can use Illuminati. What's it? Common, you can use that. You can use that. C.A. C.A. You can use that. American Charis. You can use that. You can use that. You can use that. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ദൈനംദിന കൃത്യങ്ങൾ നിർവഹിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അമേരിക്കൻ ഗൂഢാലോചന എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിരുന്ന നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ അന്താരാഷ്ട്ര ഗൂഢാലോചന വെറും ഗൂഢാലോചന ലോക്കൽ ഒരു വൈദ്യം ചെയ്ത ഗൂഢാലോചനയോ ഒന്നുമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ ഇതുതന്നെ നിങ്ങളുടെ ഈ ഈ മുഖക്കുരുവും നിങ്ങളുടെ കഫക്കെട്ടുമെല്ലാം നിയന്ത്രിക്കുന്ന പാറക്കെട്ടുകൾ കോടിക്കണക്കിന് കിലോമീറ്ററിൽ അകലെ നിന്ന് ഭൂമിയെ ചുറ്റുന്നു അല്ലെങ്കിൽ സൂര്യനെ ചുറ്റുന്നു എന്നറിയുന്നത് സമാനമായിട്ടുള്ള ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ വെറുതെ നിങ്ങളിലൊന്നും നടക്കുക അല്ല നിങ്ങൾ ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ അതീന്ദ്രിയമായ തലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ആ കണ്ണാടി നോക്കുമ്പോ അവരെ തന്നെയാണ് കാണപ്പെടുന്നത് കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആളുകളെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇലൂമിനാറ്റി ഇത്രയും ഇലൂമിനാറ്റി ചെയ്യാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഫാമിലീസ് ഒക്കെയാണ് ഇപ്പൊ പറയുന്നത് ആർക്കും അറിയില്ല കേട്ടോ എന്താ സാധനം ഇലൂമിനാറ്റി ഇലൂമിനാറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ലിറ്ററേച്ചറും വീഡിയോയും സാധനം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല നയൻ ആരാ ചെയ്തത് അതൊരു ഇൻസൈഡ് ജോബാണ് എന്ന് പറഞ്ഞ ഇലൂമിനാറ്റി എന്ന് പറഞ്ഞ വീഡിയോ കണ്ടു ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ഉള്ളവരുണ്ടാവും അതിനകത്ത് പറയുന്നത് നയൻ ചെയ്തിട്ടുള്ളത് അമേരിക്കയിലെ ഇൻസൈഡ് ജോബാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അന്ന് അവിടെ ജോലിക്ക് പോകാനായിട്ടിരുന്ന ജൂതന്മാരെല്ലാം കൂട്ടാവധിയെടുത്തു അത് ചെയ്തു ഇത് ചെയ്തു കുറേ സാധനങ്ങൾ അതിൻ്റെ ലിറ്ററേച്ചറൊക്കെ ഭയങ്കരമായിട്ട് വിറ്റ് പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ നയൻ ചെയ്തിട്ടുള്ള ഇലൂമിനാറ്റിയാണ് പിന്നെ അതുപോലെ അമേരിക്കയുടെ വൺ റുപ്പി ഡോളർ സോറി വൺ ഡോളർ നോട്ടിനകത്ത് ഈ ഇലൂമിനാറ്റിയുടെ ആ ഒരു കണ്ണ് അതിനകത്തുണ്ട് ആ കാണുന്നുണ്ട ഇലൂമിനാറ്റിയുടെ കണ്ണ് മാത്രമല്ല ഈ വൺ റുപ്പി ഡോളറിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇലൂമിനാറ്റിയുടെ ഇതുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളോ സ്തൂപങ്ങളോ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർ അങ്ങനെ അവർക്ക് ഇലൂമിനാറ്റി ഈ നോട്ടടിച്ചവർക്കോ ഇങ്ങനെ ചെയ്തവർക്കൊന്നും ഇലൂമിനാറ്റിയായിട്ടൊരു ബന്ധവുമില്ല പക്ഷെ ഇവര് യഥാർത്ഥത്തിൽ പ്രോവിഡൻസിന്റെ കണ്ണാണ് അയ്യോ പ്രോവിഡൻസ് എന്നാണ് ഈ അമേരിക്കയുടെ ഭരണഘടനാ ശില്പികൾ ആ കണ്ണിനെ പറഞ്ഞിട്ടുള്ളത് അതായത് ദൈവത്തിന്റെ കണ്ണ് ദൈവം അമേരിക്കയെ നോക്കി പരിപാലിച്ചു നിർത്തുന്നതെന്നാണ് അതേസമയം ഇലൂമിനാറ്റിയെ സംബന്ധിച്ചുള്ള അത് സാത്താന്റെ കണ്ണാണ് ഒരു കണ്ണ് വന്നു കഴിഞ്ഞാല് ദൈവത്തിന്റെയാണോ സാത്താന്റെ ആണോന്ന് പറയുക നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് കാര്യം ഈ രണ്ട് സാധനത്തിന്റെയും കണ്ണെങ്ങനെ ഇരിക്കുമെന്ന് സാധാരണ മനുഷ്യർക്ക് അറിയാത്തടത്തോളം കാലം ഒരു കൂട്ടർക്ക് ദൈവത്തിന്റെയാണെന്ന് പറയാം വേറെ ഒരു കൂട്ടർക്ക് സാത്താന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷിബുവോ എന്തെങ്കിലും ഒരു സാധനം ആണെന്നോ പറയാം ഇനി ഇഫ് യു വോണ്ട് ദ ട്രൂത്ത് ഫോളോ ദ മണി ഇത് വേറൊരു തിയറിയാണ് ഇത് റോസ്റ്റൈൽ ഫാമിലി എന്ന് പറയുന്നത് ജർമ്മൻ ഫാമിലിയാണ് അവർ ബാങ്കിങ് സിസ്റ്റത്തിലാണ് കൂടുതൽ ബാങ്കിങ് മേലെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് പലയിടത്തും ബ്രാഞ്ചുകളോ കൊളാബറേഷൻസൊക്കെ പലയിടത്തും ഉണ്ട് എന്ന് വെച്ചാൽ ലോകത്തുള്ള മുഴുവൻ പണക്രമവും അല്ലെങ്കിൽ സാമ്പത്തിക ക്രമവും അവരാണ് എന്നൊന്നും കരുതല് പക്ഷെ ഇവർ പറയുന്നത് ലോകത്തുള്ള എല്ലായിടത്തും അവർക്ക് ബാങ്കിങ് ശൃംഖലകളുണ്ട് അവർക്ക് കൊളാബറേഷൻസ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ ഫാമിലി വൈകുന്നേരം കൂടിയിരുന്നു അത്താഴവിരുന്നതിനിടയിൽ ഓരോരോ എല്ലാ ലോകത്തുള്ള മുഴുവൻ പണവും തങ്ങളിലൂടെ മാത്രമേ പോകാവൂ എന്നുള്ള രീതിയിൽ ഇവരൊരു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇലൂമിനാറ്റിയുടെ ഒരു വിശദീകരണം അതില് ലോകത്തെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങൾ ഒന്ന് ഇത് രണ്ടാമത് പിന്നെ സൗദി അറേബ്യയിലെ രാജാവിന്റെ കുടുംബം അങ്ങനെ കുറെ പിന്നെ കുറെ അമേരിക്കൻ കുടുംബങ്ങൾ കുറെ മെക്സിക്കൻ കുടുംബങ്ങളും അങ്ങനെയൊക്കെ വരാൻ കുടുംബങ്ങളുടെ മൊത്തം ഓഹരി അതായത് പലരും പല ബിസിനസ് നടത്തുമ്പോൾ ചില മാഗസിൻസ് ഉണ്ട് ആ മാഗസിൻസ് അവര് ഓഹരികളുടെ കമ്പോളവിലെയും അവരെ കയ്യിലിരിക്കുന്ന വസ്തുവിന്റെ മാർക്കറ്റ് വിലയൊക്കെ കൂട്ടിയിട്ട് ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും സമ്പന്നരായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് ഇപ്പം നൂറ് സമ്പന്നർ ഫോർബ്സ് മാഗസീനൊക്കെ ചെയ്യാറുണ്ട് അതിൽ നൂറ് സമ്പന്നന്മാർ ഓരോരുത്തരെ വെച്ചോണ്ട് ഇവരാണ് ലോകം നിയന്ത്രിക്കുന്നത് പറയുമ്പോൾ ഒരു ഒരു സുഖമില്ലാത്തതുകൊണ്ടാണ് ഒരു ഫാമിലി മൊത്തത്തിലെടുത്തിട്ട് ഈ റോസ്റ്റൈൽ ഫാമിലിയാണ് ഇലൂമിനാറ്റിയുടെ ഒരു കേന്ദ്രമായിട്ട് എടുക്കുന്നത് കാരണം അവർക്ക് ബാങ്കുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളോ ഉണ്ട് പല രാജ്യങ്ങളിലും ഉണ്ട് അമേരിക്ക അതിന് പറയുന്ന കാര്യം ചൈന പൂർണ്ണമായും അവർക്ക് കീഴടങ്ങി കഴിഞ്ഞു അതുകൊണ്ടാണ് ചൈനയെ അവരൊന്നും ചെയ്യാത്തത് ഇന്ത്യയും കീഴടങ്ങി കഴിഞ്ഞു ഇപ്പൊ നാണയം ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് ഇലൂമിനാറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇലൂമിനാറ്റി ചെയ്യാത്ത കാര്യങ്ങളില്ല ടൈറ്റാനിക്ക് മുക്കിയത് ഇലൂമിനാറ്റിയാണ് ആ കറക്റ്റ് എന്റെ സംശയം പലർക്കും ഉണ്ടായിരുന്നു മനസ്സിലായി എങ്ങനെയാണ് ടൈറ്റാനിക്ക് മുങ്ങിയത് ഇലൂമിനാറ്റിയാണ് മുക്കിയത് പിന്നെ എല്ലാ സ്പേസ് മിസ്ആപ്പും ഉണ്ടാക്കിയത് ഇലൂമിനാറ്റിയുടെ പണിയാണ് ഇലൂമിനാറ്റിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ ടീമിനെ ഒതുക്കിക്കളയും എങ്ങനെ ഒതുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒതുക്കുമ്പോൾ നിങ്ങൾക്കറിയാം പല രീതിയിലായിരിക്കും ഒതുക്കുക അവരുടെ വഴികൾ നിർവചിക്കാൻ സാധിക്കില്ല ഇതാണ് റോസ്റ്റേൽ ഫാമിലി ഇവരാണ് ഇതിൻ്റെ ഒരു പിന്നായിട്ട് ഇപ്പം നിൽക്കുന്നത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇലൂമിനാറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക പക്ഷേ കേരളക്കരയിൽ വരെ ഇവരാണ് യഥാർത്ഥത്തിൽ ലോകത്തുള്ള മുഴുവൻ സാമ്പത്തിക പെട്രോൾ വില കൂട്ടുന്നത് ഇലൂമിനാറ്റിയാണ് മോഡിക്കങ്ങ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റുകളിലെല്ലാം പാവകളാണ് ഇവരുടെ കയ്യില് അമേരിക്കയിൽ അതുപോലെ തന്നെ കാര്യം പറയുന്നത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ സിനിമ ഒറ്റ സിനിമയ്ക്ക് ഇലൂമിനേറ്റിക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല ഒറ്റ മാഗസീനിൽ അതിനെതിരെ റിപ്പോർട്ട് വരത്തില്ല ആ ജേർണലിസ്റ്റ് പിന്നെ ഉണ്ടാവില്ല പക്ഷേ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലൂമിനേറ്റിക്കെതിരെയുള്ള മുഴുവൻ വീഡിയോസും വരുന്നത് യൂട്യൂബിലാണ് ഇലൂമിനാറ്റിക്കാർ അവിടെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല ഇലൂമിനാറ്റിക്കെതിരെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ആ വെബ്സൈറ്റുകൾ പൂട്ടിക്കാൻ അവർ ശ്രമിക്കുന്ന ആയിട്ടും അറിയില്ല ഗൂഗിളിനകത്ത് ബ്രൗസ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും ഗൂഗിളിന് അവരെ കയ്യിലിരിക്കുക എന്നാ പറയുക മനസിലായില്ല പിന്നെ ഇലൂമിനാറ്റിയുടെ ചിഹ്നം ഇതേ കണക്കുള്ള ഈ ചിഹ്നം ത്രികോണം പാവ ഏഞ്ചല മെർക്കൽ പോകുന്നിടത്തല്ല ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ ഏഞ്ചല മെർക്കലിന്റെ വെച്ച് പുള്ളി ഇലൂമിനാറ്റഡ് ആളാണെന്ന് കാണിക്കാനായിട്ട് അവരെ അവരെ കൈരിക്കുന്നുണ്ടാ ഈ ഇത് വരുന്നുണ്ട് കയ്യിൽ അവര് അവരുടെ രീതി എങ്ങനെയാണത് അവരെ ഇലൂമിനാറ്റിയുടെ നമ്പർ വൺ പ്രൊപ്പോണന്റ് ആണ് ചിഹ്നങ്ങൾ ഇടയ്ക്കൊക്കെ കാണിക്കുമ്പോൾ ചില ഇങ്ങനെ കണ്ണൊക്കെ വെട്ടിക്കില്ലല്ലേ ഇപ്പൊ ഒരു ഏതോ ഒരു പുതിയ പടം ഇറങ്ങിയല്ലേ അതാ അതേപോലെയാണ് അത് ഒരു പർട്ടിക്കുലർ ബീസ്റ്റ് മോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യങ്ങള് ഇതെല്ലാം ഇലൂമിനാറ്റിയുടെ രഹസ്യ ഏജന്റുകളായോണ്ട് കാണിക്കുന്നതാണ് മിക്കവാറും ഉള്ള എല്ലാ സെലിബ്രിറ്റീസും ഇലൂമിനാറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സയൻസോ സിമ്പിൾസോ ഇപ്പോ റാപ്പ് മ്യൂസിക് പോപ്പ് മ്യൂസിക് ഡാൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലേ അവരിടക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു കാണിക്കും ഇപ്പൊ കൃഷ്ണന്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കില്ലേ അത് എന്തെങ്കിലും കാണിക്കും അപ്പോഴുണ്ടോ അതിങ്ങനെ സ്ലോ ആയിട്ട് ചെയ്തിട്ട് സ്ലോ മോഷൻ എടുത്തിട്ട് പറയണ്ടോ ഇയാൾ ഇലൂമിനാറ്റിയുടെ ആളാണ് അപ്പം ഇലൂമിനാറ്റിയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് ഗുണം ഈ പറയുന്ന ഈ പാട്ട പാട്ട് കേൾക്കാനായിട്ട് ആളുകൾ തിരിച്ചു വരും യവനും ഗുണമുണ്ട് അല്ല ചീര പറഞ്ഞില്ലേ കാക്കയുടെ ഡാഷും തീരും പോത്തിന്റെ ഡാഷൻ തീരും എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഗുണകരമാണ് ഇലൂമിനേറ്റി എന്ന് പറയുന്ന സാധനത്തിൽ അങ്ങനെ ഒരു സംഭവില്ല പക്ഷെ ഇലൂമിനേറ്റഡ് ആളാണ് താനെന്ന് കാണിക്കുമ്പോ അവർ ചോദിച്ചു ചോദിക്കും താങ്കൾ ഇലൂമിനേറ്റഡ് ആളാണ് എന്ന് പറയുന്നത് ശരിയാണോ നിങ്ങൾ ഒന്നും മറുപടി പറയുന്നില്ല അടുത്ത ആർട്ടിക്കളിലായില്ലേ അദ്ദേഹം മിണ്ടിയില്ല മനസിലായി ഇതൊരു സങ്കല്പ സാമ്രാജ്യമാണ് ഈ ഇന്റർനെറ്റിലൊക്കെ നടക്കുന്ന ഒരു തമാശ ഉണ്ടല്ലോ എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാവുന്നത് എവറിത്തിങ് ഔട്ട് ഓഫ് നത്തിങ് പോസിബിൾ അല്ലേ പൊളിറ്റിക്സ് ഒരു എന്തുവാ പേര് വാട്സപ്പിലൊക്കെ വരുന്ന ഒരു തമാശ കുറെ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട് അതായത് ഈ ശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നു ആ നിങ്ങൾ നിങ്ങളുടെ മകനോട് പറയുന്നു ഞാൻ പറയുന്ന കുട്ടിയെ നീ കെട്ടും അത് നിങ്ങളുടെ മാമൻ പറയുന്നു അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾ പറയുന്നു നീ കെട്ടാൻ പോകുന്നത് ബിൽ ഗേറ്റ്സിന്റെ മൂത്ത മകളെയാണ് അങ്ങനെ നിങ്ങളുടെ മകൻ പറയുന്നു എന്നാ ഓക്കെ ഓക്കെ ഏ അപ്പൊ ഇയാളെ ബിൽ ഗേറ്റ്സിനെ വിളിക്കും എന്നിട്ട് പറയും എന്റെ മകൻ നിങ്ങളുടെ മൂത്ത മകളെ കെട്ടാൻ പോവാണ് ബിൽ ഗേറ്റ്സ് പറയും അതങ്ങ് ആ അവിടെ പോയി പറഞ്ഞാൽ ഗേറ്റ്സ് പറയും എന്റെ മകൻ എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ സിഒഒ ആണെന്ന് പറയാം ആണോ എന്നോ ഓക്കേ എന്നിട്ട് ഉടനെ വേൾഡ് ബാങ്കിന്റെ സിഇഒയെ വിളിക്കും എന്നിട്ട് പറയും എന്റെ മകനെ നിങ്ങൾ വേൾഡ് ബാങ്കിന്റെ സിഒഒ ആക്കണം പുള്ളി പറയാ ആ അത് കൊള്ളാം നടന്നത് തന്നെയെന്ന് പറയും അങ്ങനെ അദ്ദേഹം പറയും എന്റെ മകന്റെ ഭാര്യ ആരാണെന്ന് അറിയാമോ ഇല്ല അറിയില്ല ബിൽഗേറ്റ്സിന്റെ മകളാണ് പുള്ളി പറഞ്ഞു ഓക്കെ സമ്മതിച്ചു ഇനി ഇതെല്ലാം നടന്നു ഈ ഇലൂമിനാറ്റിയുടെ ഒക്കെ രീതി എന്ന് പറയുന്നതാണ് ഒന്നുമില്ല സംഗതി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോ എല്ലാം ഉണ്ട് എല്ലാം ഇല്ല സലീം കുമാർ പറഞ്ഞ ഏറെ എഴുതി കാര്യങ്ങളാണ് പിന്നെ ട്രംപ് ഒക്കെ അവരുടെ ഒരു ഇഷ്ട കഥാപാത്രം കേട്ടോ ട്രംപ് കാണിക്കുന്ന എന്ത് കോക്കറി അത് ഇലൂമിനാറ്റിയുടെ കോക്കറി എന്നാണ് അവർ പറയുന്നത് ഈ എഞ്ചല മക്കളാണ് കേട്ടോ എവിടെ പോലും കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും പാവം അവരെ നിങ്ങള് നെറ്റിൽ അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് കണക്കിന് ചിത്രങ്ങൾ ഇങ്ങനെ അവരിങ്ങനെ ഇലൂമിനാറ്റിയുടെ ആളാണ് പിന്നെ അതുപോലെ തന്നെ ഫണ്ടഡ് സയനിസം ആൻഡ് ഇൻട്രോസ് വാട്ട് ദ ബ്രാൻഡ് ഓഫ് ആന്റിസെമെറ്റിസം ആന്റിസെമെറ്റിസം എന്നുള്ള ബ്രാൻഡ് കൊണ്ടുവന്ന ഇവരാണ് സയനിസവും ജ്യൂസും തമ്മിൽ ബന്ധമില്ല സയനിസം യഥാർത്ഥത്തിൽ ജ്യൂസിന് എതിരാണ് ഇലൂമിനാറ്റി ലിറ്ററേച്ചറാണ് ഞാൻ വായിക്കുന്നത് കുറെ Roastdale controlled and owned the central banks in England, France, Germany and USA. Central banks owned and financed. They have a bank. All of you know, there is a federal system in America. There is no such thing in the United States. All of this is not a single party. There is no domination. So, there is no lobby. There is no influence. There is no one. There is no one. Many non-Jews and Jewish people alike do not support Zionism. And it's എ അബ്യൂസ് ഓഫ് ജൂയിഷ് റിലീജിയൻ സയനിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇതേ കണക്കൊരു പ്രകടനം നടത്തിയിരിക്കുന്നുണ്ടല്ലോ സയനിസ്റ്റുകൾ ജൂയിസത്തെ നശിപ്പിക്കുന്നു സയനിസമാണ് ജൂസ് എക്സ്ട്രീം വേർഷൻ എന്നാണല്ലോ പറയുക അപ്പോൾ ഈ റോസ് ഫാമിലി യഥാർത്ഥത്തിൽ സയനിസ്റ്റുകളാണ് പക്ഷെ അവർ ജൂ വിരുദ്ധരാണ് എന്നുള്ള രീതിയിലുള്ള കുറെ വാദങ്ങൾ അതുപോലെ തന്നെ ഇൻ ടു തൗസൻഡ് സെവൻറ്റീൻ ഓൺലി ക്യൂബ നോർത്ത് കൊറിയ ഇറാൻ സിറിയ വിത്തൌട്ട് റോസ്റ്റേൽ സെൻട്രൽ ബാങ്ക് ഇത് കേട്ടാൽ തോന്നുന്നു റോസ്റ്റേലാണ് ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ ഇവർക്കൊരു ബാങ്കോ ഒരു ഇൻവെസ്റ്റ്മെന്റോ എന്തെങ്കിലും ഒരു സാധനം അവർ ബാങ്കേഴ്സ് ആണ് ബേസിക്കലി സ്വാഭാവികമായിട്ട് അവർ മൾട്ടിനാഷണൽ പ്ലെയറാണ് അവർ എവിടെയെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ശൃംഖലയുടെ ഭാഗമാണെന്നും ഒരു ചെയിന്റെ ഭാഗമാണെന്നും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് പക്ഷെ ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയും ആ ഒരു നെറ്റ്വർക്കിന്റെ കീഴിൽ വന്നു അത് ഒരു പല രീതിയിലാണ് പറയുന്നത് ചൈന മൊത്തം ആയിക്കഴിഞ്ഞു അതുപോലെ മതപരമായിട്ട് പറയും എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മോശമായിട്ട് മാധ്യമങ്ങളിലെല്ലാം ചിത്രീകരിക്കുന്ന ഇസ്ലാം ടെററിസ്റ്റുകളാണെന്ന് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള വാദങ്ങളുടെ കാരണം പകുതിയോളം വരുന്ന ഇസ്ലാമിക് രാജ്യങ്ങൾ ഇലൂമിനാറ്റിയുടെ കീഴിൽ വന്നിട്ടില്ല അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ പിന്നെ യാതൊരുവിധ എത്ര ബോംബായാലും ഒരു പ്രശ്നവും അവസ്ഥ വരും എന്നുള്ള രീതിയിൽ ഈ ഹെഡ്ക്വാർട്ടേഴ്സ് മൂന്നാളുണ്ട് ഞാൻ പറഞ്ഞ ലണ്ടനിൽ വരണുണ്ടെന്ന് പറഞ്ഞു വാഷിംഗ്ടൺ പൊളിറ്റിക്കൽ ഓപ്പൺസ് ഉണ്ട് എന്ന് പറഞ്ഞു അതേപോലെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ അമേരിക്കയിലെ ഡെൻവർ എയർപോർട്ടിന്റെ അണ്ടർഗ്രൌണ്ടിൽ ഒരു എയർപോർട്ട് ഐ മീൻ ഈ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു അത് ആരും കുഴിച്ചു നോക്കാത്തോണ്ട് അറിയാൻ കഴിയാത്തത് ഞാൻ കരുതുന്നു അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയാന്ന് പിന്നെ മീഡിയസ് ദ ആർ ഫോർ ബൈ അൻ ഓഫ് ഇലൂമിനാറ്റിക് ഈ കേരളത്തിൽ തന്നെ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയപ്പോൾ അത് ഭയങ്കര ഹിറ്റൊക്കെ ആയി അപ്പോൾ അത് അറിഞ്ഞ ഇലൂമിനാറ്റി അറിഞ്ഞു അത് എല്ലാം അറിയുന്ന ഇലൂമിനാറ്റി അത് വൈകി അറിഞ്ഞു ഉടനെ ഇതിൻ്റെ സംവിധായകനെ പിടിച്ച് വരട്ടി ശേഷം ഇറക്കിയ ഓഫ് ദ പീപ്പിൾ വേറെ ഏതാണ്ട് ഒരു പീപ്പിൾ ഉണ്ടല്ലേ അത് രണ്ടെണ്ണവും ഇതിൻ്റെ വളരെ പെയിൽ വേർഷൻസ് ആയിരുന്നു വളരെ മങ്ങിയ വേർഷൻസ് ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ അത്രയും ഒരു ഒരു ഗും ഇല്ലായിരുന്നു അതിൻ്റെ കാരണം ഈ സംവിധായകനെ ഇലൂമിനാറ്റി ആവാഹിച്ചതാണ് പിന്നെ മാത്രമല്ല വേറെ തീർ ഞാൻ ഇന്നലെ കേട്ടു ഈ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ടി വിയിലൊന്നും അധികം കാണിക്കാറില്ല അതിന്റെ പിന്നില് ഇലൂമിനാറ്റിയാണ് അല്ല ഫേസ്ബുക്കിൽ നിങ്ങളൊരു കമന്റ് ഇടുമ്പോൾ അത് ശരിക്ക് ഇലൂമിനാറ്റ് എല്ലാം നമ്മൾ ചെയ്യുകയാണ് ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ് ആ വിഷയങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയാണ് അതൊരു കാര്യത്തിൽ ശരിയാണ് മാധ്യമങ്ങൾ നമ്മളെ ഇലൂമിനാറ്റിയായിട്ട് ബന്ധപ്പെട്ടല്ലോ പറയുന്നത് നിങ്ങൾ എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുകയാണ് ഒരു വിഷയം എടുത്തിടുകയാണ് എല്ലാവരും പട്ടി പഴത്തിന് കടിച്ചു പറിക്കുന്നവണോ എല്ലാരോടതിന് ചുറ്റും കൂടിയിരുന്ന് അങ്ങ് ചർച്ച ഘോര ഘോരമായ ചർച്ചകൾ പിന്നെ അതിന്റെ അകത്ത് ചർച്ചകൾ ചർച്ചയുടെ മേൽ ചർച്ചകൾ അപ്പൊ എന്ത് എന്ത് ചർച്ച ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഇങ്ങനെ വരുന്നുണ്ട് ഓരോ വിഷയങ്ങള് എടുത്തെടുക്കണം അത് ഇലൂമിനാറ്റിയായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞു ആണ്ടെ ഇത് ഞാൻ പറഞ്ഞു ഇന്ത്യ ഗോയിങ് കാഷ്ലെസ് ഇലൂമിനാറ്റി അജണ്ട ഇൻ ഇന്ത്യ അല്ല പിന്നെ ഒരു കാര്യം ഇല്ല മനസ്സിലായില്ലേ അത് ചെയ്യേണ്ടി വന്നെന്ന് അല്ലെങ്കിൽ മോഡിയെ പുറത്താക്കുമെന്ന് ഇലൂമിനാറ്റി ഭീഷണിപ്പെടുത്തിയെന്നവർ മന്ത്രിസഭയില് ഗൂഢാലോചന നടത്തി പ്രശ്നം ഉണ്ടാക്കി ഇറക്കി വിട്ടിട്ട് അയാളെ നിഷ്കാസനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കത് ചെയ്യേണ്ടി വന്നു എന്നാണ് ഈ തീയതി ഇനി മറ്റൊന്നാളാണ് ഫ്രീ നിങ്ങൾ ഫ്രീ കേട്ടിട്ടുണ്ടാവും ഫ്രീ എന്ന് പറഞ്ഞാൽ മേസൺ കട്ടിങ് ഈ മേസിരി എന്ന് പറയുന്ന പരിപാടി തന്നെ അത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അല്ലെ നൂറ്റാണ്ട് മുതൽ ഈ കട്ടിങ് അതുപോലെ മേസിരിപ്പണി അതിന്റെ മാനദണ്ഡങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കാനായിട്ട് യൂറോപ്പിലുണ്ടായ ഒരു സാധനം തന്നെയാണിത് അതിനുശേഷം ഇതിന് റിലീജിയസ് ആയിട്ടുള്ള മതാത്മകമായിട്ടുള്ള കുറെ മാനങ്ങൾ വരുന്നുണ്ട് അതായത് അവർ സ്വന്തമായിട്ട് കൂടാനായിട്ട് ഒരു ഒരു സംഘടന ഉണ്ടാക്കുന്നു അവർക്കൊരു ചർച്ച പോലെ ചർച്ച എന്ന് പറയുമ്പോൾ അവർ ചർച്ച ഉണ്ട് ഒരു പുസ്തകം ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രീ മേസൻസിന്റെ പാരീഷ് ഉണ്ട് പാരീഷ് എന്ന് വിളിക്കാൻ പറ്റില്ല ലോഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് റിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ആദ്യം ശരിക്കും ഒരു സാങ്കേതിക സംഘടന എന്ന നിലയിൽ തുടങ്ങി മേസൻസിന്റെ പിന്നീട് അതിനെ ഒരു എന്താ പറയാ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയായി പുസ്തകങ്ങളായി അവർക്ക് പ്രാർത്ഥനാ രീതികളായി ചില ഇത് രണ്ടു രീതിയിലുണ്ട് ഒന്ന് റെഗുലർ ഫ്രീ മേസണറി ഇൻസസ്റ്റ് ദാറ്റ് വോളിയൂം ഓഫ് ക്രിച്ചർ ഓപ്പൺ ഇൻ ദ വോക്കിംഗ് ലോഡ് ആൻഡ് എവരി മെമ്പർ പ്രൊഫസ് ബിലീവ് ഇൻ എ സുപ്രീം ബീങ് ഒരു അതീന്ദ്രിയ ശക്തിയിൽ വിശ്വസിക്കണം അത് എല്ലാ റിലീജിയൻസിനും അതീതമായിട്ടുള്ള ഒരു സാധനമാണ് ഫ്രീ ഈ വിവേകാനന്ദനൊക്കെ ഫ്രീ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു നിഗൂഢ സംഘമാണ് ഫ്രീമേസെൻസ് നിഗൂഢ സംഘം എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ പൊതുജനങ്ങൾക്ക് ഓപ്പണല്ല ആർക്കും കേറി മെമ്പർഷിപ്പ് എടുക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ ഇവര് പറയുന്നത് ഇവര് ക്ലബുമായിട്ടോ അല്ലെങ്കിൽ ഈ സംഘവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ സൂക്ഷിക്കണം ഇലൂമിനാറ്റിയെ കുറിച്ചും അങ്ങനെയാ പറയുന്നത് പക്ഷെ ആലോചിച്ച് നോക്കൂ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആയിരക്കണക്കിന് വരുന്ന ഈ അംഗങ്ങളെല്ലാം നൂറുകണക്കിന് വർഷങ്ങളായിട്ട് എങ്ങനെയാണ് ഇത് ഒരേപോലെ രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ള ചോദ്യമുണ്ട് കാര്യം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള നമ്മളുടെ കഴിവ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിലൊരാൾക്ക് പോലും കാര്യമായിട്ടില്ല എന്നുള്ളതാണ് രഹസ്യങ്ങൾ ന്യൂസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രഹസ്യമാണ് എന്ന രീതിയിൽ ആരോടെങ്കിലും പറയുക എന്നുള്ളതാണ് ബാക്കി പണി അവൻ നോക്കിക്കൊള്ളൂ എന്ന് പറയണം ഇത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഒരു കാരണവശാലും ഇത് പുറത്തറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും അത് ഏറ്റവും വിശ്വസനാണെങ്കിൽ അത്രയും നല്ലത് പറഞ്ഞു നോക്കൂ അത് മണിക്കൂറുകൾക്കുള്ളിൽ ചന്തയിൽ എത്തിയിട്ടുണ്ടാകും ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടാകും ഇതാണ് ഫ്രീ മേസൺസ് ഫ്രീ മേസൺസിനകത്ത് ഉള്ളതാണ് കേട്ടോ ഫ്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരൊരു പുസ്തകമൊക്കെ ഉണ്ട് ആ പുസ്തകത്തിന് അതൊരു സുപ്രീം ബീങ്ങിൽ വിശ്വസിക്കണം ആൻഡ് നോ വിമിൻ ആർ അഡ്മിറ്റഡ് കണ്ടു തരം റെഗുലർ ഫീ ഇപ്പോഴും സ്ത്രീകൾക്ക് പ്രമേശനമില്ല അത് പഴയ ഒരു പാര പാരമ്പര്യജന്യമായിട്ടുള്ള രോഗമാണ് ഇപ്പോഴും അവിടെയുള്ളത് അൻ്റെ ദ ഡിസ്കഷൻ ഓഫ് ദ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ബാൻഡ് ചില ചായക്കടയിലൊക്കെ എഴുതി വച്ചേക്കും അല്ലേ ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഫ്രീമേസൻസിന് അത് കയറി കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം അതേപോലെയുള്ള വിഷയങ്ങൾ മതം ഫ്രീമേസൻസിനെ സാത്താൻ സേവകരായിട്ടാണ് കാത്തലിക് ചർച്ചിൽ കാണുന്നത് ഇവർ നടത്തുന്ന മുഴുവൻ ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന ഒരു സാധനം ബ്ലാക്ക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമന്ത്രവാദം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക പക്ഷെ ദുർമന്ത്രവാദവും മന്ത്രവാദവും എന്നുള്ള രണ്ടായിട്ടില്ല അത് അവരുടെ കണ്ണിലാണ് ഒന്നില് യേശുവിനെയും മറ്റുള്ള മെയിൻ സാധനങ്ങൾ പ്രീതിപ്പെടുത്തുന്നതും മറ്റേത് സാത്താനേയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പ്രീതിപ്പെടുത്തുന്ന ഒരു വാദമാണ് ദന്റൽ ഫ്രീ മേസണി നൌ ഇസ് എ ജനറൽ ടൈം ഓഫ് ലിബറൽസ് ഹു ഹ് റിമൂവ് സം ഓർ ഓൾ ഓഫ് ദിസ് റെസ്ട്രിക്ഷൻസ് ഇത് രണ്ടു രീതിയിലുള്ള ഫ്രീ മേസണറി ഉണ്ട് ഒന്ന് റെഗുലർ ആണ് വളരെ സ്ട്രിക്റ്റ് ആണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല സുപ്രീം ബിംഗിൽ വിശ്വസിക്കണം ഒരു പുസ്തകം വായിക്കണം യൂണിഫോം ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ കോണ്ടിനെന്റൽ ഫ്രീ മേസണറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലിബറൽ ആണ് ഇത്തരം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല സ്ത്രീകൾ അതിനകത്തുണ്ട് രണ്ട് രീതിയിലുള്ള ഫ്രീ മേസണറി ഇപ്പോൾ പോകുന്നുണ്ട് ലോകമെമ്പാടുള്ള ഫ്രീ മേസൺറികൾ ഇൻഡിപെൻഡന്റ് യൂണിറ്റുകളാണ് അപ്പൊ പരസ്പരം അവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഒന്നുമില്ല ഒരു അത് യഥാർത്ഥത്തിൽ ഇലൂമിനാറ്റിക്ക് നേരെ വിപരീതമാണ് ഫ്രീ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ഫോഴ്സ് അല്ല ഇറ്റ് സോ ഡിവൈഡ് അങ്ങനെയാണുള്ളത് മറ്റൊരു സാധനമാണ് റെപ്റ്റീലിയൻ കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് അതായത് റെപ്റ്റൈൽസ് എന്ന് പറയുന്നതും റെപ്റ്റൈൽസ് ആണല്ലോ നമ്മൾ വി ആർ കമ്മിംഗ് ഫ്രം റെപ്റ്റൈൽസ് റെപ്റ്റൈൽസ് ബേഡ്സ് ഉണ്ടാവുന്നുണ്ട് ഈ റെപ്റ്റൈൽസിന്റെ ഒരു വിഭാഗമായിട്ടാണ് മാമൽസ് ഉണ്ടാവുന്നത് അല്ലെ മാമൽസിൽ നിന്നാണ് പ്രൈമേറ്റ്സ് ഉണ്ടാവുന്നത് പ്രൈമേർസിൽ നിന്നാണ് ഏബ്സ് ഉണ്ടാകുന്നത് ഏബ്സിൻ്റെ ഒരു സാധനമാണല്ലോ ഹോമോസാപ്യൻസാപ്യൻസ് അപ്പോൾ കോൾഡ് ബ്ലഡ് ആനിമൽസ് ആണ് റെപ്റ്റൈൽസ് കോൾഡ് ബ്ലഡും ഹോട്ട് ബ്ലഡ് എന്ന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള പരിസ്ഥിതിക്കനുസരിച്ച് രക്തത്തിന്റെ താപ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാനുള്ള കഴിവുള്ളവയാണ് നമ്മൾ ഹോട്ട് ബ്ലഡഡഡ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ ഒരു പല്ലിക്കോ ഒക്കെ ആണെങ്കിൽ ശരിക്കും എൻ്റെ ഊഷ്മ കൂട്ടാനായിട്ട് വെയിലത്ത് പോയി അത് വെയിൽ കായിക തന്നെയാണ് ചെയ്യാം അങ്ങനെ അത് ഫ്ല എ ശരിയാക്കി എടുക്കാനായിട്ടുള്ളതിൽ അത് കോൾഡ് ബ്ലഡ് മേർഡർ ഇൻ ദ കോൾഡ് ബ്ലഡ് ബ്ലഡ് മർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ യാതൊരുവിധ വൈകാരിക വ്യതിയാനവും ഇല്ലാതെ ഒരു കൊലപാതകം ചെയ്യുന്നതിനെയാണ് നമ്മുടെ കോൾഡ് ബ്ലഡ് മേഡർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും വളരെ കൂളായിട്ടൊക്കെ ഇരിക്കുന്നത് നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ നേതാക്കന്മാർ ലോകം കീഴടക്കിയിട്ടുള്ള പ്രതിഭകളൊക്കെ അവരൊക്കെ ശരിക്കും കോൾഡ് ബ്ലഡാണ് അവരെ അവരൊക്കെ റെപ്റ്റീലിയൻ ജീൻ അവരിൽ കയറിയിട്ടുണ്ട് ഈ റപ്റ്റീലിയൻ ജീൻ അവരിൽ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് പുറത്തുള്ള ചില ഡിസൈൻ സെൻറ്റേഴ്സിൽ നിന്ന് നമ്മളുടെ ജീനും റെപ്റ്റെയിൽ ജീനൂടെ മിക്സ് ചെയ്ത് ചിലരിലേക്ക് ചില ലൈൻ ഓഫ് പ്രൊഡക്ഷനിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് ഈ ആളുകൾ റെപ്റ്റെയിൽസിൻ്റെ ഒരുപാട് ഗുണങ്ങളും മനുഷ്യ ചേർന്നവരാണ് When he Vertical was ascending through the ranks of the sportss, Kalayla Kalay, Island, Ashita Island, at the reimagining our values present, they would面gram for our Portrait. That taught the 10th century sult았는데, these 10th century, we have our pup. DNA insertion. These 9th government students were used byoweel, because thereby we have the 7th century sult coordinate. പാമ്പ് മനുഷ്യർ പാമ്പ് ഒരു റെപ്റ്റൈലാണല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ലിസാഡ് ലിസാഡ് പീപ്പിൾ കേട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കും ഇത് കേട്ടാലും ഏറ്റവും മോശമായ സാധനമാണല്ലോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള സാധനം അമേരിക്കൻ പോപ്പുലേഷന്റെ നാല് ശതമാനം എത്ര കോടി ഉണ്ടാവുമെന്ന് കൂട്ടി നോക്കുക ആളുകൾ വളരെ ശക്തമായി ഈ തേറിയിൽ വിശ്വസിക്കുന്നു നുസരിച്ച് ഒബാമയും പുട്ടിനും ബ്രിട്ടന്റെ പഴയ പ്രൈം മിനിസ്റ്റർ കാമറൂൺ അതുപോലെ തന്നെ ക്യൂൻ എലിസബത്തിന്റെ കുടുംബം മൊത്തം റെപ്റ്റീലിയൻ ജീനാണ് ആ ലൈനിൽ വന്നിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പച്ച കണ്ണ് ഈ സ്കെയിൽസ് പോലെയുള്ള ചെതമ്പല പോലെയുള്ള സാധനം ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചില ആംഗിളിൽ നിന്ന് നോക്കണം ഈ ആംഗിൾ അവരെ എടുത്ത് കാണിക്കും റെപ്റ്റീലിയൻ സാധനമാണ് ആൻഡ് ഇതിന്റെ ഇപ്പോ ഇപ്പോഴത്തെ കച്ചവടക്കാരൻ ഇത് പണ്ടേ കുളസാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലൊക്കെ ചില പുസ്തകങ്ങളിൽ വന്നിട്ടുണ്ട് ഈ ഈ സ്നേക് പീപ്പിൾ എന്നൊക്കെ പക്ഷെ ഇപ്പോൾ ഇതിന്റെ ഒരു കച്ചവടക്കാരനായിട്ട് ഇറങ്ങിയിട്ടുള്ള ആള് പുള്ളി പറയുന്നൊരു കാര്യം പുള്ളി ഇതാണ് പുള്ളിയുടെ പുള്ളി ആക്ച്വലി ഒരു പഴയൊരു ഫുട്ബോൾ പ്ലെയർ ആണ് കമന്റേറ്റർ ആണ് ഹി സേസ് ദ്ലഡ് ഡ്രിങ്കിങ് flesh-eating, shape-shifting, extraterrestrial, reptilian, humanoids. Humanoids means it's a combination of reptiles looking like a human but with the reptile genes. And with only one objective in their cold-blooded little heads, to enslave the human race. If you have come here, you can come here, you can come here. Then Russia, Putin, Putin, Putin, Putin, Putin, Putin, Obama, come here. Modi, Putin, reptilian man, come here. വലിയ വലിയ ആളുകളെല്ലാം അങ്ങനെയാണെന്നാണ് ഇവർ പറയുന്നത് തിയറിയാണ് കോൺസ്പിറസിറേറ്റ് എക്സിക്യൂട്ടീവ് ആക്ടേഴ്സ് അറ്റാക്സ് പിന്നെ ഒരു കാര്യമുണ്ട് ഇലൂമിനാറ്റി ആയാലും ഫ്രീ മേസൺ ആയാലും റെപ്റ്റീലിയൻ ആയാലും ഇവരെല്ലാം തന്നെ ഒരു സംഭവത്തിന്റെ ഒരുപാട് അച്ഛന്മാരാണ് ഒരുപാട് തന്തമാരാണ് ഈ നയൻ ഇലവൻ തന്നെ ഇറ്റ്സ് ക്ലെയിംഡ് ബൈ ദർറ്റീലിയൻ കോൺസ്പിറസി തിയറിസ് ഇറ്റ്സ് ഓൾസോ ക്ലെയിംഡ് ബൈ ഇലൂമിനാറ്റി ഇറ്റ്സ് ഓൾസോ ക്ലെയിംഡ് ബൈ ഫ്രീമേഴ്സം എനിക്കെല്ലാ സംഘടനകളും ചെയ്യുന്നുണ്ട് ഇദ്ദേഹമാണല്ലോ ഞാൻ പറഞ്ഞ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഇതിന്റെ ഒരു പുസ്തകമൊക്കെ എഴുതി വലിയ വലിയ സംഭവം ഇദ്ദേഹത്തെ ഒരു ഒരു കൊമേഡിയൻ ആയിട്ടാണ് ആളുകൾ പൊതുവില് കണ്ടിരുന്നത് ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആണ് പക്ഷെ ഏതാനും ചില പ്രോഗ്രാമിന് ശേഷം അദ്ദേഹത്തിന്റെ റേറ്റിംഗ് മാറ്റി അദ്ദേഹത്തെ നോ മോർ പീപ്പിൾ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും കൊമേഡിയൻ ആയിട്ടല്ല കാണുന്നത് ഇയാൾ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ഈ ലോകത്തുണ്ട് എന്നുള്ളത് ഓദർ ഓഫ് ന്യൂമറസ് ഡി വി ഡിസ് ആൻഡ് ഹാസ് ലെക്ചേർഡ് ഓവർ ട്വന്റി ഫൈവ് ഡേവിഡ് ഐക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് എ പബ്ലിക് സ്പീക്കർ കോൺസ്പിറേറ്റീവ് തിയറിസ്റ്റ് പ്രൊഫഷണൽ കോൺസ്പിറസി തിയറിസ്റ്റ് അങ്ങനെ ഒരു ജോലിയുണ്ട് കേട്ടോ ഭയങ്കര പൈസയാണ് ചുമ്മാ കഥകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചു പക്ഷെ നല്ല ബുദ്ധി വേണം ആദ്യ അതുകൊണ്ടല്ലേ ഇങ്ങനെ അവൻ അവിടെ വന്നത് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്കക്കാരന്ന് അങ്ങോട്ട് പോയത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആളുകളെ ഇങ്ങനെ ഭ്രമിപ്പിച്ചു നിർത്താൻ കഴിയണം പലർക്കും നോക്കാവുന്നതാണ് വേറെ ഒരു പണിയും ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലേക്ക് ഇറക്കും നിങ്ങൾക്ക് നല്ല വായനക്കാരും ഉണ്ടാവും നിങ്ങൾ ഒരു പേജ് തുടങ്ങി നോക്കുവേ നിങ്ങളുടെ ലോകത്ത് ഏറ്റവും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം അതായത് ഒരു കാര്യം സംതിങ് ലൈക്ക് ഭൂമി സൗരഹത്തിലല്ല എന്നൊരു സിദ്ധാന്തം നിങ്ങൾ ഉണ്ടാക്കുക ജസ്റ്റ് ലൈക്ക് ഫോർ എ ഹൊറർ ഇത് ഉണ്ടാക്കുക എന്നിട്ട് അതിനു പറ്റിയ കുറെ വാദങ്ങളുമായിട്ട് നിങ്ങൾ ഇട്ടുനോക്കേ അതിന്റെ റെസ്പോൺസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം പൂജ്യമായിരിക്കില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു താരമായി മാറിയിരിക്കും കുറെ ഇതൊക്കെ കൊടുത്താൽ മതി കുറെ ലിങ്ക് ഇങ്ങനെ ലിങ്കി ലിങ്കി കോട്ടി കോട്ടി പോണം അപ്പോഴത്തേക്ക് ഈ ഇന്റർനെറ്റ് വലിയൊരു സാധ്യതയാണ് ഈ കോൺസ്പിറസി തിയറിസ്റ്റുകൾക്ക് കൊച്ചു കുട്ടികളൊക്കെ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്റെ പുറേ ഇങ്ങനെ പോകും കൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചർ പറയാമായിരുന്നത് ശരിയാണ് എന്റെ മകന് അവൻ ഈ ഇലൂമിനാറ്റി മൊത്തത്തിലങ്ങ് ഇലൂമിനാറ്റിയാണ് ആ അവൻ പറയുന്നത് ഇലൂമിനാറ്റി മതത്തിന് എതിനാണ് സാറിനോടൊന്ന് ചോദിക്കണം എന്ന് ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല ഇപ്പോഴും ഇല്ല പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞു കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നോണ്ട് മാത്രം സംസാരിക്കുന്ന വലിയൊരു വിഷയം അല്ല യഥാർത്ഥത്തിൽ പക്ഷേ മില്യൻസ് ഓഫ് പീപ്പിൾ കോളിംഗ് ഹിംസ് ഓഫ് എ ഫുൾ ടൈം ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ ടു ഹൂ വാട്ട് ഈസ് റിയലി കൺട്രോളിങ് ദ വേൾഡ് ഇദ്ദേഹം ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു ജീവിതത്തിലൊരു ചോദ്യം വന്ന് ഒരു കാര്യം അറിയണം ആരാ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു ഒരു താളം ഉണ്ടോ എന്നറിയാനായിട്ടൊരു ഫുൾ ടൈം ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് മാറി അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് ഈ റെപ്റ്റീലിയൻ ആയിട്ടുള്ള മനുഷ്യരാണ് അവരിങ്ങനെ കയറി വരികയാണെന്ന് അദ്ദേഹം ഇരുപത് ബുക്ക് ഒരു ബുക്ക് എഴുതുമ്പോഴത്തേക്ക് കൈ പിടിച്ച് നിർത്തടന്ന് പറയണ്ടതല്ലേ ആരും പറഞ്ഞില്ല ട്വന്റി അദ്ദേഹം മാത്രമല്ല കേട്ടോ ട്വന്റി ബുക്ക് ന്യൂമറസ് ഡി വി ഡിസ് ലെക്ചേർഡ് ഓവർ ട്വന്റി ഫൈവ് കൺട്രീസ് ഓ ഇവിടെ നമ്മളെ ഒരു രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ബഹളമാണ് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഇയാൾ പോയി പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഇനി വേറൊരു കാര്യം കേൾക്കൂ സ്പീക്കിംഗ് അപ് ടു ടെൻ അവേഴ്സ് അറ്റ് എ സ്ട്രെച്ച് സാധാരണ എത്ര മിനിറ്റ് ബിജിമോനെ ഇപ്പൊ ചാടിച്ച് ഒരു മണിക്കൂർ ആയപ്പോഴത്തേക്ക് ചാടിച്ച് പത്തു മണിക്കൂർ നിന്നെയാണ് ഈ അണം സംസാരിക്കുന്നത് ഓഡിയൻസിന്റെ എത്ര ആറായിരം ആറായിരം പേരുള്ള ഓഡിയൻസ് ഒക്കെയാണ് ഇദ്ദേഹം പല രാജ്യങ്ങളും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ പറയുന്നതിനകത്ത് ഇതത്ര നിസ്സാരമായ കാര്യമാണോ ആറായിരം പേരുള്ള ഒരു മീറ്റിംഗ് ഇവിടെ ആർക്ക് സംഘടിപ്പിക്കാൻ പറ്റും കേരളത്തിൽ ഒരു ഒരു ഓഡിറ്റോറിയം ഉണ്ടോ ആറായിരം പേരെ കൊള്ളു ആയിരം പേരെ കൊള്ളുന്ന ഒരു ഓഡിറ്റോറിയം ഒരണോ കണ്ടേ ഉള്ളു ഒന്നോ രണ്ടോ മാക്സിമം പത്ത് മണിക്കൂർ ആളുകൾ ഇന്ന് കേൾക്കുകയാണ് അവർ ലോകത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ററ്റീലിയൻ പാമ്പ് മനുഷ്യർ ലോകത്ത് ചിരിക്കുന്നു നിങ്ങൾ ചിരിക്കുന്നു പക്ഷെ ഇതിങ്ങനെ വരണമെങ്കിൽ ഈ പുസ്തകം വാങ്ങിക്കണമെങ്കിൽ ഡി വി ഡി കാണണമെങ്കിൽ ഇത്രയും സമയം ആളുകൾ കാണണമെങ്കിൽ ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യണമെങ്കിൽ ഈ മനുഷ്യനൊരു സ്റ്റാർ ആകണമെങ്കിൽ ഈ മനുഷ്യനെ പോലെ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിങ്ങനെ ഉദിച്ചു വരണമെങ്കിൽ ഈ കോൺസ്പിറസികളുടെ ലോകത്തേക്ക് മനുഷ്യ എത്രമാത്രം പോയിട്ടുണ്ട് ഒരു പോണിനോടൊക്കെയുള്ള ആസക്തിക്ക് സമാനമായാൽ അതിൽ കൂടിയ ആസക്തിയാണ് ഇതിൽ കാണാൻ കഴിയും ഇറ്റ്സ് എ മെന്റൽ തിങ് ഓൾസോ Then competing with religion to sell stories, more than a counter-culture curiosity, the conspiracy theorists have become the tenets of faith. Now you are going to tell a story. You are going to tell a story about the Illuminati. You are going to tell a story about the Illuminati. They are fanatics. Fanatics are what you are saying to them. They are going to tell a story. They are going to tell a story. I am going to tell a story. എനിക്ക് കാര്യമറിയാം പക്ഷേ ഭൂരിപക്ഷത്തിനും അറിയില്ല അവർ യഥാർത്ഥ ഹെൽപ്ലെസ് ആണ് അവർക്ക് ഒന്നും അറിയില്ല ഈ ഒരു ധാരണ അവർക്കുള്ളത് നമ്മളെന്തെങ്കിലും റീസൺ ആകട്ടോ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഭയങ്കരമായിട്ട് വയലന്റ് ആവും ചിലപ്പോൾ സർക്കാസിക്കാവും പരിഹസിക്കും ശരിക്കും ഒരു ഫെനാറ്റിക് റിലീജിയസ് ബിലീവറെ പോലെ തന്നെയാണ് ഈ കോൺസ്പിറസി തിയറിസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് അവരുമായിട്ടൊരിക്കലും റാഷണൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഇമ്പോസിബിളായിരിക്കും ഒരു കോൺസ്സിട്ടുംറാഷണൽ ഡിസ്കോഴ്സ് സാധ്യത കാരണം ഇറ്റ്സ് നോട്ട് ഇന്റലക്ച്വൽ ഇറ്റ്സ് നോട്ട് ഫാക്ച്വൽ ഇമോഷണൽ ഇമോഷണൽ ആയിട്ട് തന്റെ ആർഗ്യുമെന്റ് പടുത്തി വരുത്തിയിരിക്കുന്ന ഒരാളെ ഒരിക്കലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല വേറെങ്കിലും അവർ സംസാരിച്ചു നോക്കി ഇലൂമിനാറ്റിയിൽ ഗാഠമായി വിശ്വസിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ഏക്കില്ല ഒന്നും ഏക്കില്ല ഒന്നും സംസാരിക്കില്ല നമ്മൾ പറയുന്ന എല്ലാം കൂടി ആ ഒരു തെളിവായിട്ട് നിങ്ങളിപ്പോ ഇങ്ങനെ എന്നോട് പറയുന്നില്ലേ ഇലൂമിനാറ്റിക്കെതിരെ സംസാരിക്കുന്നില്ലേ അത് ഇലൂനു മിനാറ്റിയുടെ ആ ഇലൂമിനാറ്റിയുടെ ഒരു തന്ത്രത്തിൽ നിങ്ങൾ വീണിരിക്കുകയാണ് അങ്ങനെയാണ് ലോകത്ത് മുഴുവൻ ഇലൂമിനാറ്റി ആളുകളെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇതൊരു ജയ്സഡ് എന്ന് പറയുന്ന ഒരു ഒരു പുള്ളിയാണ് പുള്ളീന്റെ ഡാൻസിന് ഇടയ്ക്ക് ഇത് കാണിച്ച പ്രസിദ്ധമായിരുന്നു അതുകൊണ്ട് പുള്ളിക്കും കുറെ പബ്ലിസിറ്റി കിട്ടി ഞാൻ പറയലെ ഇതൊരു കൗണ്ടറായിട്ടുള്ള പരസ്പര പൂർവകമായിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ ഇലൂമിനാറ്റിയെ കുറിച്ച് എന്തെങ്കിലും കാണിക്കുന്നു Illuminati gethari endengil vakul puttunnu. Pinneed nengilu valiyah prasatna ayethe edu. The believer always post supreme confident rediscover new evidence on a daily basis. This is actually a paranoia. And the far-fetched Illuminati paranoia all started in 1960s. It is now the latest title Illuminati paranoia. 60s what does this tell us is about our readiness to believe what we read and hear. നമ്മള് വിശ്വസിക്കുന്നതും നമ്മൾ കാണുന്നതും വായിക്കുന്നതിലും വിശ്വസിക്കാനായിട്ടുള്ള നമ്മുടെ ക്ഷിപ്ര വിശ്വാസത്വര അതാണ് യഥാർത്ഥത്തിൻ്റെ അടിസ്ഥാനം ഐ കം ടുസ് ഹൗ ഇറ്റ് ഈസ് ഡീപ്ലി റിലേറ്റഡ് ടു യുവർ എബിലിറ്റി ടു ബിലീവ് ഇൻ ബുൾഷിറ്റ് ദിസ് ഇസ് വാട്ട് ആക്ച്വലി മേക്ക് യു റിലീജിയസ് ദിസ് ഈസ് വാട്ട് ആക്ച്വലി മേക്ക് യു ബിലീവ് ഇൻ കോൺസ്പിറസി തിയറീസ് എവിഡൻസ് എന്നുള്ള ഒരു വിഷയമല്ല അവർ പറയുന്ന കാര്യം ഇതാണ് എവിഡൻസ് ഉണ്ടെങ്കിൽ വിശ്വസിക്കാൻ ഏത് ആ ആർക്കും സാധിക്കും എവിഡൻസ് ഇല്ലാതെ വിശ്വസിക്കണം അതാണ് കഴിവ് എന്നുള്ള തെറിയാണ് ഇൻഗ്രീഡിയൻസ് പാറ്റേൺ സീക്കിങ് വ്യത്യസ്തമായ കാര്യങ്ങൾ പലയിടത്തായി പല ആൾക്കാർ ചെയ്യുന്നു എന്ന് വിശ്വസിക്കാൻ താല്പര്യം ഒരു ചന്ത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു ഈ ചന്തയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ചന്തയുടെ നടുക്കിരുന്ന് ഒരാളിങ്ങനെ ഇരുപ്പമുണ്ട് ഒരു ചന്തർ ഉണ്ട് എന്ന് കരുതുന്നതായിരിക്കും നമുക്ക് ഇഷ്ടം അതേസമയം പലയിടത്തും പല രീതിയിൽ ഇപ്പൊ ഒരു നഗരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്റെ നടുക്കൊരാളുണ്ട് ഒരു രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മോഡി ഇരുന്നാണ് എല്ലാം കൺട്രോൾ ചെയ്തത് ശരീരം എങ്ങനെയാണ് നമ്മുടെ ശരീരം പോലും ഏതോ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കേന്ദ്ര ബിന്ദുവിനിൽ നിന്ന് നിയന്ത്രിക്കുകയാണെന്നല്ലേ നമ്മൾ കരുതുന്നു എങ്ങനെയാണോ നിങ്ങള് തലച്ചോറ് പോയി കഴിഞ്ഞാലും ഹാർട്ട് മിടിച്ചോണ്ടിരിക്കും ശരീരം മൊത്തം മരിച്ചു കഴിഞ്ഞാലും കണ്ണ് മാറ്റിവെക്കാം അവിടെ എപ്പോഴും ജീവൻ നിലനിൽക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ലോക്കലായിട്ട് പ്രാദേശികമായിട്ടാണ് ജീവൻ നിലനിൽക്കുന്നത് എല്ലാം കൂടെ നിയന്ത്രിക്കുന്ന ഓരോന്നും വലിയ ഫംഗ്ഷൻസും ചെറിയ ഫംഗ്ഷൻസും ഉണ്ടാവാം വൈറ്റൽ ഫങ്ഷൻസും അത്ര വൈറ്റൽ അല്ലാത്ത ഫങ്ഷൻസും ഉണ്ടാവാം പക്ഷെ ഇറ്റ് ഇസ് സോ സ്കാറ്റേഡ് സോ ഡിവൈഡ് ഇതെല്ലാം കൂടെ ഒരാളിരുന്ന് വലിക്കുന്ന ചരട് വലിക്കൽ അല്ല അങ്ങനെ ഒരു സംഭവം ഈ പ്രപഞ്ചത്തിലോ ലോകത്തിലോ എങ്ങും കാണുന്നില്ല പക്ഷെ ഏക കാരണം കണ്ടെത്തുക ഏകശക്തിയെ കണ്ടെത്തുക എന്ന് പറയുന്ന റിലീജിയോസിറ്റി ഓഫ് ആണ് മനുഷ്യനുള്ളത് അതിലാണ് എല്ലാ നിയന്ത്രിക്കുന്ന ഭൂഗർഭറയിലിരിക്കുന്ന ഇലൂമിനാറ്റിയിലേക്കും എല്ലാ നിയന്ത്രിക്കുന്ന പ്രപഞ്ചറിലേക്കും ഒക്കെ നമ്മൾ പോകുന്നത് രണ്ടും റിലീജിയസിറ്റി തന്നെയാണ് മതാത്മകമായ ചിന്തയിൽ നിന്നാണ് ഇത് രണ്ടും വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞോളുന്നത് ഇത് രണ്ട് പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോൺസ്പിറസിന്റെ പിന്നിലുണ്ട് ആസ്കിംഗ് ഫോൾസ് ക്വസ്റ്റിൻസ് ലൈക് എന്താണ് ജീവിതത്തിന്റെ അർത്ഥം ഇറ്റ്സ് ആക്ച്വലി ഫോൾസ് ക്വസ്റ്റിൻ എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്നൊരാൾ ചോദിക്കുമ്പോൾ അതിനകത്ത് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ട് ഉണ്ടാകണം എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു വസ്തുത ഉണ്ടെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ല അല്ലെ ജീവിതത്തിനെല്ലാം അർത്ഥമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന ഇന്നതാണ് എന്റെ തെളിവുകൾ ഇന്നതിന് എന്റെ റാറ്റിഫിക്കേഷൻ എന്നിട്ട് ചോദിക്കുകയാണ് എന്താണെന്ന് ജീവിതത്തിന്റെ അർത്ഥം അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനുള്ള പ്രൈമറി ആയിട്ടുള്ള ഉപാധി തന്നെ അവിടെ ശരിയല്ല അതാണ് ആസ്കിങ് ഫോൾസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫോൾസ് ക്വസ്റ്റ്യൻ എന്താ വരിക ഒന്നി റോങ് ആൻസേഴ്സ് അല്ലെ ഫാൻസിൻസോങ് ആൻസർ ആയാലും ഫാൻസി ആൻസർ ആയാലും തൃപ്തിപ്പെടുകയും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു ഇപ്പോൾ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം അർത്ഥം എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമില്ല അതിന് ഏത് ഉത്തരം പറഞ്ഞാലും അതല്ല ഉത്തരവ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കാരണം അങ്ങനൊരു ഉത്തരവില്ല ഇല്ലാത്ത ഉത്തരവായത് കൊണ്ട് ഉത്തരമായിട്ട് എടുക്കാം ഇലൂമിനാറ്റിയെ പോലെയുള്ള കോൺസ്പെറസി തിയറിസ്റ്റുകളും അടിസ്ഥാനപരമായിട്ട് ഫോൾസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡിങ് ഫാൻസി ആൻസേഴ്സ് ഇനി മറ്റന്നാളെ സേഷ്യേറ്റ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ക്യൂരിയോസിറ്റി എല്ലാവർക്കും സത്യം അറിയാനുള്ള വലിയൊരു ആഗ്രഹമുണ്ട് സത്യം എന്താണെന്നുള്ളതിനകത്ത് കാര്യത്തിലെ പ്രശ്നമുള്ളൂ തങ്ങൾ സത്യം അറിയാൻ ശ്രമിക്കുകയാണ് ഒരു അന്വേഷകനാണ് എന്നുള്ള ഒരു ബോധ്യം സ്വയം ബോധ്യപ്പെടുത്താൻ നമ്മളെല്ലാം ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ ചേരുന്നവർക്കും അല്ലെങ്കിൽ ഇലൂമിനാറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ഈ മുഴുവൻ കാര്യങ്ങളെങ്ങനെ നടക്കുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവർ സ്വയം സങ്കല്പിക്കും എല്ലാവരും വെറുതെ വായിച്ചിട്ട് വെറുതെ ആഹാരം ഉറങ്ങുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഞങ്ങളറിയാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യജീവിതത്തിന്റെ അർത്ഥം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ സ്വയം ബോധ്യപ്പെടുത്തൽ കൂടിയാണ് പല ആൾക്കാരെ വെറും മണ്ടന്മാരൊന്നും ഈ ഇലൂമിനാറ്റി ഫ്ലാറ്റർത്തിൽ ഒന്നും പോകുന്നവർ അവർ സാധാരണഗതിയിൽ കാണുന്നതിനും അപ്പുറം കാണാൻ ശ്രമിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരെ കളിയാക്കിയാലും നിങ്ങൾ ഈ പരന്ന ഭൂമിക്കാരെയൊക്കെ എത്ര കളിയാക്കിയാലും അവർ മാറത്തൊന്നുമില്ല അവർക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല അവർ പറയുന്ന നിങ്ങൾ ഭയങ്കര നഷ്ടം ഇതാണ് ഞാൻ ക്രിസ്ത്യൻ ഈ ജോൺ ബിനിയന്റെ ഒരു നോവലുണ്ട് ഒരു നോവലായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ ഒരു മൊറാലിറ്റി പിൽഗ്രിംസ് പ്രോഗ്രസ് അതിനകത്ത് ക്രിസ്ത്യൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ അത് രാവിലെ നഗരം സിറ്റി ഓഫ് സിൻ ആണ് അതായത് പാപ നഗരത്തിൽ നിന്ന് രാവിലെ പുള്ളി ഇറങ്ങി നടക്കുകയാണ് പുള്ളി ഇങ്ങനെ കൂനിക്കൂനിയാണ് പോകുന്നത് പുള്ളിയുടെ മേളിൽ ഒരു ഭാണ്ടക്കെട്ട് ഉണ്ട് ഈ ഭാണ്ടക്കെട്ട് എന്ന് പറഞ്ഞു പാപമാണ് ൂട്ടിയ പാപമാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ താൻ്റെ പേര് തന്നെ ഇപ്പോഴും ക്രിസ്ത്യാനികളൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്ന ഒരു സാധനമാണ് നടന്നു നടന്നു പോകുമ്പോ എല്ലാരും നീ എവിടെ പോകുന്നു എല്ലാരും ഇവനെ നോക്കി കളിയാക്കുന്നു പക്ഷെ ഇവനും ക്രിസ്ത്യനും അദ്ദേഹത്തിന്റെ കുട്ടികളും ഇങ്ങനെ പോവുകയാണ് കാര്യം അവർ മാത്രം അറിയുന്നു ഈ നഗരം പാപികളുടേതാണെന്നും ദൈവം ഇത് നശിപ്പിക്കുമെന്നും ഇവിടെ ആകെക്കുഴപ്പമാണെന്നും അദ്ദേഹം മാത്രം അറിയുന്നു അപ്പൊ നിശ്ചയദാദ്യത്തോടു കൂടി വേച്ച് വേച്ച് ക്രിസ്ത്യനി ഇങ്ങനെ പാണ്ഡക്കെട്ടുമായിട്ട് പോകുന്നു ആ ക്രിസ്ത്യനെ പോലെയാണ് മിക്കവാറും എല്ലാ കോൺസ്പിറസി തെരീസുകളും അവരെ സംബന്ധിച്ചോളം അവർക്ക് മാത്രം അറിയുന്ന ഇറക്കി കിട്ടിയ ഒരു സാധ്യത്തിലാണ് ഒരു വിഷയം അതുകൊണ്ട് അവർക്ക് ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും ഭയങ്കര വൈകാരിക തീവ്രതയായിരിക്കും ദനേബിൾസ് ടു കാറ്റ് ദ സെൽഫ് ഇൻഫ്ലേറ്റഡ് ഈഗോ ദാറ്റ് ഐ നോ ആൻഡ് അതേഴ്സ് ഡോൺ ഇതും ഒരു സാധനമാണല്ലോ എൻ്റെക്ക് ഈ ചന്ദ്രനിൽ പോയിട്ടുള്ള പോയിട്ടില്ല എന്നുള്ള പുസ്തകം ഇറക്കിയതിന് ശേഷം അത് അടുത്ത സുഹൃത്തു പറഞ്ഞു എല്ലാം ഞാൻ സമ്മതിക്കാം പക്ഷെ ഇത് സാറിന് തെറ്റുപറ്റിയതാണ് ഇത് വേറെ സംഭവമാണ് സംസാരിച്ചു വരുമ്പോ എന്താണ് അതിന്റെ ബേസിക് പോലെ പുള്ളി അറി അറിയത്തില്ല എങ്ങനെയാണ് സ്പേസിൽ പോകുന്നതെന്നോ തിരിച്ചു വരുന്നതോ എത്ര കിലോമീറ്ററിൽ ഇന്നതൊക്കെയാണെന്നോ അതിൻ്റെ ഇന്ധനം എങ്ങനെയാണെന്നോ റോക്കറ്റ് എങ്ങനെയോ ഇതൊന്നും അറിയില്ല പക്ഷെ ഹീ ഇത് അദ്ദേഹത്തിൽ നിന്ന് മാറില്ല എത്ര കൂടുതൽ പറഞ്ഞാലും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കിയെല്ലാം പറയുന്നത് ഹി ക്ലെയിംസ് ടു ബി അൻ ഏറ്റ് ഒരു ഏത് ആണെന്നാണ് സ്വയം പറയുന്നത് അങ്ങനെ പറയുന്നത് ആണെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ അവകാശപ്പെടുന്നത് നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മളുടെ ദൂരം ഭയങ്കരമാണ് പലപ്പോഴും ഇനി ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഈ ഇലൂമിനാറ്റിക്കെതിരെ വലിയ തോതിലുള്ള പ്രചാരണമുണ്ട് ഇലൂമിനാറ്റിയുടെ ഈ കണ്ണെന്ന് പറയുന്ന ജജ്ജാലിന്റെ ഒറ്റക്കണ്ണാണെന്ന് പറഞ്ഞത് ഗജാലിന്റെ ഒറ്റക്കണ്ണാണെന്ന് അവർ ഫോട്ടോ പിടിച്ചു ചില ഇലൂമിനാറ്റി അംഗീകരിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ കണ്ണാണ് ചില പറയുന്നത് അള്ളാഹു ഇങ്ങനെയുള്ള കണ്ണല്ല ഒരു കണ്ണേ അള്ളാഹുളളെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജജാലിന് ഒറ്റ കണ്ണേ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംഭവങ്ങളാണ് ഇസ്ലാമിക് രാജ്യങ്ങളൊക്കെ ഈ സിമ്പിളൊക്കെ വരുമ്പോൾ എടുത്തു മാറ്റി ആകെ പ്രശ്നം അങ്ങനെയാണ് ഇത് ഞാൻ പറഞ്ഞു ഒറ്റ ഉത്തരം ഒറ്റ കാരണം ഏക കാരണം മഹാബത്തം എന്നുള്ള സാധനത്തിലാണ് ലോകത്തെല്ലാവരും പല രീതിയിൽ കണ്ടെത്തുന്നു ചിലര് അമേരിക്കൻ ഇമ്പീരിയലിസം സി ്രാഹ്മണിസം ഇങ്ങനൊരു സാധനം കണ്ടെത്തുന്നുണ്ട് ലോകത്ത് നടക്കുന്ന മുഴുവൻ ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെ കാരണം ബ്രാഹ്മണിസമാണ് ഇനി ഇനി വേറെ രസം നമ്മൾ കൊണ്ടുവരുന്ന ഉത്തരത്തിൽ കാര്യങ്ങൾ ഒതുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ഉത്തരത്തെ ഒന്ന് വികസിപ്പിക്കും ഇപ്പൊ പറഞ്ഞു ബ്രാഹ്മണിസം അത് ബ്രാഹ്മണിസമാണോ അത് ബ്രാഹ്മണിസ് ഒന്നും ആരും ഇവിടെ ഇല്ലല്ലോ ഇപ്പൊ പുതിയ നിർവഹനം എന്താണ് ബ്രാഹ്മണിസവും ബ്രാഹ്മണരുമായിട്ട് ഒരു ബന്ധവും ഒരു ബ്രാഹ്മണനും ഇല്ലെങ്കിലും ബ്രാഹ്മണിസം ഉണ്ടാകും ഇപ്പം ഓരോ തലത്തിലേക്ക് അതിന്റെ അങ്ങ് മാറ്റുകയാണ് ഇത് തന്നെയാണ് എല്ലാ കോൺസ്പിറസി അമേരിക്കൻ നിങ്ങൾ അമേരിക്കൻ ആധിപത്യം ഇവിടെ അമേരിക്കക്കാര് അമേരിക്കൻ ആധിപത്യം ഇവിടെ ഉണ്ടാവാനായിട്ട് ഇവിടെ അമേരിക്കക്കാർ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല ഡെഫിനിഷൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടും റെഗുലേറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു മെയിൻ ഏക കാരണ തിയറിയിലേക്ക് ആളുകൾ വരും ഇതൊരു റിലീജിയസ് തിയറിയാണ് എല്ലാം നിയന്ത്രിക്കുന്ന ഒരാൾ ഒന്നിലധികം എന്നുള്ള ഇലൂമിനാറ്റി തന്നെ ഇല്ലാതാവും ബഹു കാരണ പ്രപഞ്ചവും ലോകവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇലൂമിനാറ്റി എന്ന് പറയുന്ന ഒറ്റ സിദ്ധാന്തത്തിലേക്കോ ഒറ്റ ശക്തികളിലേക്കോ നമുക്ക് പോകാൻ സാധിക്കില്ല നമുക്ക് ആകെ പറയാൻ കഴിയുന്ന ഒരുപാട് ഫിനാൻഷ്യൽ പ്ലേയേഴ്സ് ഉണ്ട് റിലയൻസ് ഉണ്ട് ടാറ്റ ഉണ്ട് ബിർല ഉണ്ട് റോച്ചൈൽ ഉണ്ട് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അവർ ഏറെ ഏറെയും ജനാധിപത്യ ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്നുണ്ട് പറയാൻ പറ്റും പക്ഷെ ഇതെല്ലാം കൂടെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ സംഭവങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഒരു കേന്ദ്രം ഉണ്ട് എന്ന് പറയുന്നത് ഒരു മതാത്മകമായ ഏക സിദ്ധാന്തമാണ് ഇനി അപ്പം ഇതെല്ലാം വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ട് ഉണ്ട് അപ്പം ഇലൂമിനാറ്റി ഏക കാരണ സിദ്ധാന്തമാണല്ലോ എല്ലാത്തിനും പിന്നിൽ ഒന്ന് അപ്പൊ അവരോട് ചോദിക്കണം ഈ പിന്നിൽ ആരാ അങ്ങനൊരു ചോദ്യം ചോദിക്കണമല്ലോ അല്ലേ ഇത് തന്നെയാണല്ലോ സാധനം നമ്മളെല്ലാം സൃഷ്ടിച്ചു ഒരാളാണെങ്കിൽ അയാളെ ആരെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം ഇലൂമിനാറ്റിയുടെ ചോദിച്ചു ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ഇലൂമിനാറ്റിയുടെ അച്ഛൻ ഇലൂമിനാറ്റിയുടെ അച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ പോകും അത്രമാത്രം വ്യർത്ഥമായിട്ടുള്ള ഒരു സാധനമാണിത് ഇത്രയും ആണ് ഇതിനെക്കുറിച്ച് പൊതുവായി പറയാനുള്ളത് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു ആ ഇതാണ് ബ്രഹ്മാണിക്കൽ എന്നുള്ള പേര് കൊണ്ട് എല്ലാ തിന്മകളുടെയും ഉറവിടം ബ്രഹ്മാണിക്കൽ ആയിട്ടുള്ള ശക്തികളാണ് അതിൽ ബ്രാഹ്മണരുമായി ബന്ധമില്ല ബ്രാഹ്മണ ഇല്ലാത്തടത്തും എല്ലാം ബ്രഹ്മണിക്കലാണ് എന്ന് പറയുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് യഥാർത്ഥ പ്രശ്നങ്ങളുമായി ബന്ധമില്ല അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം കണ്ടിട്ടുള്ള ഒരു തട്ടിപ്പ് സിദ്ധാന്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്ര ഇന്തർ ഇതിനെതിരെ എന്ത് ചെയ്യണം സി സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മുൻവിധികളില്ലാതെ നോക്കിക്കാണുക എന്നുള്ളതല്ലേ നിങ്ങളൊരു പാറ്റേൺ ഉണ്ടാക്കുകയും അത് അമേരിക്കയുടെ ഗൂഢാലോചനയാണ് ജൂതന്മാരുടെ ഗൂഢാലോചനയാണ് ജൂതന്മാരുടെ ഗൂഢാലോചനയാണ് എന്ന് പറയുന്ന മുസ്ലിം സംഘടനകളെ രണ്ടാമത്തെ ചോദ്യം അത് അവരെ സംബന്ധിച്ചോളം മതാത്മകമായ ചിന്ത തന്നെ ലോകം വ്യത്യസ്തമായ ശക്തികളുടെ സംഘർഷത്തിലാണ് ദൈവത്തിനെതിരെ പൊരുതുന്ന സാത്താൻ അള്ളാഹുവിനെതിരെ പൊരുതുന്ന ദജാൽ മനുഷ്യന്റെ മനസ്സ് കീഴക്കുന്ന കാര്യത്തിലാകാം അമേരിക്കയും സോഷ്യലിസ്റ്റ് ശക്തികളും ഇങ്ങനെ എപ്പോഴും പ്രധാനപ്പെട്ട വലിയ രണ്ട് ശക്തികളുടെ സംഘർഷത്തിലാണ് ലോകം പോകുന്നത് എന്നുള്ള രീതിയിൽ നരേറ്റീവുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില ഇതൊരു മതാത്മകമായ രീതിയാണ് ഇന്ത്യയിലെ സർവപ്രശ്നങ്ങളുടെയും കാരണം ബ്രാഹ്മണിസമാണ് ബ്രാഹ്മണിസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ അതെന്താണ് ബ്രാഹ്മണീസം ചോദിച്ചാൽ ബ്രാഹ്മണുമായിട്ട് ബന്ധം ഇല്ലെന്നും പറയാ ഉച്ചനീതിത്വങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമത്തെയാണ് ബ്രാഹ്മണിസം എന്ന് പറയാ അങ്ങനെയാണ് ലോകമെമ്പാടും ബ്രാഹ്മണിസം ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ബ്രാഹ്മണിസം ഉണ്ട് അപ്പൊ ആ ഇല്ല ഉച്ച ഹോട്ടലിൽ കിട്ടുന്ന സാമ്പാറിലെ വെള്ളം ഒഴിക്കുന്നത് പോലെ അതങ്ങ് നേർപ്പിച്ച് ബ്രാഹ്മണരുമായിട്ടും ബന്ധമില്ല മറിച്ച് ഉച്ചനീതിത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ചൂഷണാത്മകമായ ഒരു സാമൂഹിക അക്രമത്തെയാണ് ബ്രാഹ്മണിസം എന്ന് പറയുന്നത് അത് ലോകം എല്ലായിടത്തും ഉണ്ട് അത് ഇന്ത്യയിൽ മാത്രമായിട്ട് പറയേണ്ട കാര്യമില്ല പക്ഷെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ബ്രാഹ്മണിസം അങ്ങനെ പറയുന്നതിന്റെ കാര്യം ബ്രാഹ്മണർ എന്നൊരു ജാതി ഉള്ളതുകൊണ്ടും അവരുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കത്തുന്നത് ഇത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആൾക്ക് കത്തുന്നത് അത് ബ്രാഹ്മണരുമായിട്ട് ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് അത് മനസ്സിലാകത്തും യഥാർത്ഥത്തിൽ അതിന്റെ മെസ്സേജ് അവിടെ കൺവേ ചെയ്യുന്നതും അങ്ങനെയല്ല ഇത് സ്വയം ഒഴിവാകാനായിട്ട് പറയുന്നു എന്നല്ലാതെ അതൊരു അടിസ്ഥാനപരമായ ഒരു ജാതി അധിക്ഷേപം കൂടിയാണ് അതിനെ സിദ്ധാന്തവൽക്കരിച്ചിട്ട് വലിയ കാര്യമില്ല ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണുള്ളത് ഇന്ത്യയിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാ കൾച്ചറുകൾക്കും പല പല ധാരകളുണ്ട് മുഗൾ ധാരുണ്ടായിരുന്നു മുസ്ലിങ്ങളുടേതായിട്ടുള്ള ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള ദളിതരായിട്ട് ഒരുപാട് കൾച്ചറും ഒരുപാട് സ്വാധീനങ്ങളും എല്ലാം നമ്മളുടെ സാമൂഹ്യക്രമത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ബ്രാഹ്മണർക്കും അല്ലെ ബ്രാഹ്മണ ഐഡിയോളജിക്കും അതിനൊരു ഒരു ഒരു പങ്കുണ്ട് പക്ഷെ എല്ലാം കൊണ്ട് ബ്രാഹ്മണരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണരെ വല്ലാതെ മഹത്വപ്പെടുത്തുകയും അങ്ങ് ശക്തിവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതിനർത്ഥമാണ് അവർക്കെല്ലാം അതൊരു ഇലൂമിനാറ്റി ആയിട്ട് ഇന്ത്യൻ ഇലൂമിനാറ്റി ആയിട്ട് ബ്രാഹ്മിൺസിനെ അവതരിപ്പിക്കുകയാണ് ഇപ്പൊ കേരളത്തെ തന്നെ എടുത്തുപോയിക്കിയാലും പ്രശ്നങ്ങൾ ഒരു ശതമാനത്തിൽ താഴെ വരുന്ന ബ്രാഹ്മിൺസാണ് കേരളത്തിലെ മുഴുവൻ ജാതീയമായ പ്രശ്നങ്ങളുടെയും സാമൂഹികമായ ഉച്ചനീതിത്വങ്ങളുടെയും ഒക്കെ കാരണമെന്നൊക്കെ പറയുന്നതും ഒരു അതിവായനയാണ് ഇത്തരം അതിവായനകൾക്കൊക്കെ സ്വാതന്ത്ര്യം അടിപ്പെടുക പറയുന്നത് അപമാനകരമായ ഒരു കാര്യമാണ് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ നമ്മളെ നയിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലാതെ നമ്മളുടെ കയ്യിൽ സാധനം വെച്ചുകൊണ്ട് ഇതിനകത്തേക്ക് വസ്തുക്കളെ എടുത്ത് കയറ്റുക എന്നുള്ളതല്ല തിയറി അല്ല ബ്രാഹ്മണിസമാണ് എന്ന് പറയുന്നത് അതൊരു നരേറ്റീവ് ഒരു വിഭാഗത്തിന്റെ നരേറ്റീവ് അവരത് വിറ്റഴിക്കുകയാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് വിറ്റഴിക്കുകയാണ് അത് ഒരു സർവ്വാശ്ലൈഷി ആയിട്ടുള്ള സിദ്ധാന്തമൊന്നുമല്ല എല്ലാവരും ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല ബ്രാഹ്മണർക്ക് അതിന്റെ പങ്കുണ്ടാവും തീർച്ചയായിട്ടും ദളിതർക്ക് പങ്കുണ്ട് ഇന്ത്യ ഇന്ന് എങ്കിൽ ഇന്ത്യയിലുള്ള ഉണ്ടായിരുന്ന എല്ലാവർക്കും അതിന്റെ പങ്കുണ്ട് എന്തെങ്കിലും ഇന്ത്യയിൽ അതിന്റെ ക്രെഡിറ്റും ബെനിഫിറ്റും അതിന്റെ ലയബിലിറ്റിയും സർവ ജനതയും സർവ വിഭാഗങ്ങളും ഏറ്റെടുക്കണം എന്നുള്ളതാണ് മറിച്ച് ഒരു കൂട്ടർ മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ് അവരെല്ലെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാം കുറ്റം ശിക്ഷയിലെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ചെയ്യിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം കുറയത്തോന്നുമില്ല നിങ്ങളാണ് ചെയ്തത് ബാക്കിയുള്ളവരെല്ലാം അങ്ങ് വെറും ഇങ്ങനെ ഒരു ബുദ്ധി ഒരു ഇലൂമിനാറ്റി മാത്രമായിരുന്നു എന്നുള്ള കാണാൻ പറ്റില്ല പുള്ളി താങ്കളുടെ അഭിപ്രായത്തോട് കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ ലോകത്തെ നിയന്ത്രിക്കുന്നില്ലെന്ന് ഇലൂമിനാറ്റ് വ്യാജമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇത്ര പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നതിന്റെ സാങ്കൃം എന്താണ് കേരളത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ സി ഐ ഇടപെട്ടില്ലെന്നാണോ സാറ് വിശ്വസിക്കുന്നത് ആദ്യത്തേത് ടോപ്പിക്കുകൾ ഇങ്ങനെ അവതരിപ്പിക്കും എനിക്ക് എന്റെ ഇൻബോക്സിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കാൻ വന്ന ടോപ്പിക്കുകളിൽ ഒന്നാം സ്ഥാനം ഇലൂമിനാറ്റിയാണ് ബാക്കി എല്ലാ ടോപ്പിക്കും അതിന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്റെ ഇൻബോക്സ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പറഞ്ഞോളും മോഹൻലാലും ശ്രീനിവാസിനും പറഞ്ഞു ഞെട്ടിപ്പോൾ സോ മെനി ആൻഡ് ഇൻ ദാറ്റ് സ്വതന്ത്ര ഇന്തകരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിലേക്ക് വരുന്നതിൽ വലിയ പ്രത്യേകത ഒന്നുമില്ല കാര്യം ഞാനിങ്ങനെ വിഷയങ്ങളിലൂടെ ഇങ്ങനെ പോയി ഓരോരോ വിഷയങ്ങൾ ഇനിയിപ്പോ പുതിയ വിഷയങ്ങൾ കണ്ടെത്തേണ്ട അവസ്ഥയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു കൊണ്ട് ചെയ്യാണ് എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല നിങ്ങൾ ഈ പറയുന്നോളാം നിങ്ങളെ സംബന്ധിച്ച് ശരിയാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഈ ആറായിരം പേരോട് ഒരാൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോ അത് പ്രസക്തിയുള്ള വിഷയമല്ലേ ഇവിടെ എത്ര പേര് ഇരുപ്പോണ്ട് നിങ്ങൾ ഈ പറയുന്ന മനസ്സിലായവർ എത്ര പേരുണ്ട് മനസ്സിലാക്കാത്ത ഒരു ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ പറന്ന് നടന്ന ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നു ഓരോ മീറ്റിങ്ങും പത്ത് മണിക്കൂറുള്ള മീറ്റിംഗ് അത് ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അമേരിക്കൻ പോപ്പുലർ രജിസ്റ്റേഡ് വോട്ടേഴ്സിന്റെ നാല് ശതമാനം ഇയാള് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് മുപ്പത്തി മൂന്ന് കോടി ജനങ്ങളുള്ള രാജ്യമാണ് അവിടെ എത്ര കോടി വോട്ടേഴ്സ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ കോടിക്കണക്കിന് ആൾക്കാരാണ് വിശ്വസിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ചു നിങ്ങൾ പല നിങ്ങളുടെ കൂടെയുള്ള പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന മക്കളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കുക ഇലൂമിനാറ്റിയെ കുറിച്ച് മക്കളെന്താ പറയുന്ന നിസ്സാരമായ കാര്യമല്ല ഇപ്പൊ ഗെയിം വന്നല്ലോ ഈ ഇതിന്റെ പിന്നിൽ ഒരുപാട് സമയം പോകുന്നുണ്ട് കുട്ടികളുടെ ചെറുപ്പക്കാരെ ഊർജം പോകുന്നുണ്ട് അവര് വായിക്കുന്നത് അവര് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടിയുള്ള തിരയിലല്ല നടന്നത് ഇലൂമിനാറ്റിക്ക് പുറമേ അതിന്റെ വീഡിയോസും അതിന്റെ ആർട്ടിക്കിൾസിന്റെ പുറേയാണ് പോകുന്നത് അപ്പൊ കാര്യമല്ല ഇനി ഇത് കാണുന്നവർക്ക് യഥാർത്ഥത്തിൽ ഇലൂമിനാറ്റി എന്ന് പറയുന്നത് ഒരു പൊട്ടത്തരാണ് എന്ന് പറയുന്ന വീഡിയോസ് മലയാളത്തിൽ ഉണ്ടാ അതോടെ ചോദിക്കാമല്ലോ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഇതിനെ പുറകെ പോകുന്നത് എന്നുള്ള ഒരു ചെറിയൊരു വിഷയമല്ല ഞാനിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നടത്തിയതാണ് അങ്ങനെയുള്ള ഒരു സാധനം കൗണ്ടർ ലിറ്ററേച്ചറോടെ വന്നെങ്കിൽ മാത്രമേ ആളുകൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ സംശയം ഈ സംശയത്തിന്റെ കുഴപ്പമെന്ന് അറിയാം ചെല്ലു പറയുന്ന ഇലൂമിനാറ്റി ഉണ്ട് എന്ന് ചെല്ല് പറയുന്നു ഇല്ല എന്ന് പറയുന്നു ചെല്ല് പറയുന്നു ഉണ്ടാവാ അറിയില്ല എന്ന് പറയുന്നു സംശയം നിലനിൽക്കണം അത് അത് റിമൂവ് ചെയ്യുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ നിങ്ങളുടെ വീട്ടില് ഞാന് പലപ്പോഴും പറയുന്ന ഒരു നിങ്ങളുടെ വീട്ടില് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ ഓടിട്ട വീടാണ് വൈകിട്ട് വരുമ്പോ ഈ എലിയെ പിടിക്കാനായിട്ട് ചേര കയറും ചേര കയറുമ്പോ എന്ത് നമ്മൾ ഈ ചേര എങ്ങനെയെങ്കിലും തുരത്തി പുറത്ത് കളയും എന്നിട്ട് വീട്ടിൽ ഒരു ദിവസം നമ്മൾ വന്നപ്പോൾ ചേര കയറി കണ്ടു പക്ഷേ ചേര പുറത്തിറങ്ങുന്നില്ല ഒരു രീതിയിൽ ഞങ്ങൾ നോക്കിട്ട് പുറത്തിറങ്ങുന്നില്ല പലയിടത്തോട്ട് കുത്തി കുത്തി കുത്തിയൊക്കെ നോക്കി ഞാനും ചേട്ടനും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ശ്രമിച്ചു പക്ഷേ ഈ ചേര പുറത്തിറങ്ങുന്നില്ല നോക്കുന്ന സ്ഥലങ്ങളൊന്നും ചേരയില്ല പക്ഷെ ചേര പുറത്തിറങ്ങുന്നുല്ല മനസിലായി അപ്പൊ ആകെ അപ്സെറ്റ് ആയി അത് ചേര കാണുന്നില്ല ചേര പോയിട്ടുണ്ടാവോ ഒരു പക്ഷേ പക്ഷെ ചേര കയറുന്നത് കണ്ടു പക്ഷെ ഇറങ്ങുന്നത് കണ്ടില്ല അപ്പോ ആ പറഞ്ഞു ഇനി ഇവിടെ കിടക്കാൻ പറ്റില്ല നമുക്ക് അപ്പുറത്ത് അയൽ ലോക്കത്തേ കിടക്കാം അങ്ങനെ ഭയങ്കര സമയം അന്ന് ആ രാത്രി ആരും അവിടെ കിടന്നില്ല അച്ഛൻ വന്ന് കിടന്നു അച്ഛനും പിന്നെ ഇരട്ടച്ചങ്കൊരു പ്രശ്നമില്ല ചേര് പാമ്പോ എന്നൊരു വിഷയം ഞാൻ ഞാൻ പുറത്താണ് ഇറങ്ങി കിടന്നത് ഈ ഇതുണ്ടല്ലേ ഓല വെച്ച് മെടയുന്ന ഒരു സാധനം ഉണ്ടല്ലേ ഓല മേയുന്ന അപ്പൊ അതിങ്ങനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് കിടന്ന് രാത്രി ഇങ്ങനെ കിടന്ന എവിടെയോ ഒരു തട്ട് വന്നപ്പോൾ ഈ ഈ ഓലക്കകത്ത് മഞ്ഞിന്റെ ഇതുണ്ടല്ലോ വെള്ളം അതായത് അതിന്റെ നല്ല തണുപ്പുണ്ട് അപ്പൊ ഞാനൊന്ന് മറിഞ്ഞ കണ്ട് കിടന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പടിച്ചു ഞാനവിടെ ഈ ചേരയാണെന്ന് പറഞ്ഞ് ചാളി എഴുതുന്നൊരു ഭയങ്കര വേള ഉണ്ടായി അപ്പൊ ഒരു ശബ്ദം എല്ലാം കൂടെ കേട്ട അത് ചേരൊന്നും ആയിരുന്നില്ല യഥാർത്ഥം അല്ലേ എനിക്ക് തണുപ്പടിച്ചതാണ് ഞാൻ മനസ്സിലപ്പോ അയ്പോക്കുന്ന അമ്മ വന്നു അവരൊക്കെ വന്നു എന്നാ പറഞ്ഞു എന്തുകൂടാ ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നം ആഹാ ഹാ അതല്ലേ ഇവിടെ ഉണ്ടായിരുന്നു പോയി എന്നാ നമുക്ക് ഇനി വീട്ടിൽ കയറി കിടക്കാം അതല്ലെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ സംശയം പോയിട്ടില്ല പക്ഷെ വീട്ടിലെല്ലാവർക്കും ഇതായി ആ ചേര അവിടെ ഉണ്ടായിരുന്നു അത് പാവം ഇപ്പോൾ അങ്ങ് രക്ഷപ്പെട്ട് പോയതാണ് അതിൻ്റെ വീട്ടിൽ കൊച്ചിന് തീറ്റ കൊടുക്കാൻ പോയതാണ് എന്നുള്ള രീതി ഈ സാധനം ഉണ്ടല്ലോ ഈ ഇത് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടന്ന് ഉറങ്ങാൻ പറ്റില്ല നമ്മളുടെ ഇത് മസ്തിഷ്കപരമാണ് സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം പൂർണ്ണമാവും ഇത്തരത്തിലുള്ള സംശയ സിദ്ധാന്തങ്ങളും കോൺസ്പെർസി തിയറീസും അന്ധവിശ്വാസങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യില്ലെങ്കിൽ ഒരു സാധനം അതിനകത്ത് കിടന്നു കഴിഞ്ഞാലുണ്ടല്ലേ നിങ്ങൾ സംശയാലും ആയിരിക്കും സംശയാലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ല അതാണ് സംശയമുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയാനോ ചിന്തിക്കാനോ സാധിക്കില്ല നിങ്ങൾ വളരെ വൾണറബിൾ ആയിരിക്കും പൂർണമായ അജ്ഞതയും സംശയവും പലപ്പോഴും ഒരുപോലെ പ്രവർത്തിക്കുന്നത് കാണാം കുറച്ച് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടും പ്രയോജനമില്ല കുറച്ച് കാര്യങ്ങൾ അറിയുമ്പോൾ വീണ്ടും നമ്മൾ വല്ലാതെ ടോട്ടൽ റിമൂവ് ചെയ്യുക കൺട്രോൾ പ്ലസ് ഡിലീറ്റ് ആ കൺട്രോൾ പ്ലസ് ഡിലീറ്റ് ഇത്തരത്തിലുള്ള സാധനം ഇലൂമിനാറ്റിയെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുക ഞാൻ ഇലൂമിനാറ്റിയെക്കുറിച്ചല്ല സംസാരിക്കണം നിങ്ങൾക്ക് അവിടെയും തെറ്റിപ്പോയി ഞാൻ അത് നിർമ്മിക്കുന്ന മസ്തിഷ്ക അവസ്ഥയെ സംസാരിച്ചത് അതിന്റെ പിന്നിൽ ഒരു എലുമിനാറ്റി ഉണ്ട് ഇലൂമിനാറ്റി ജസ്റ്റ് ഒരു നെയ്മാണ് അല്ലെ ഫ്രീമേസണറി അല്ലെന്നുണ്ടെങ്കിൽ റെപ്റ്റീലിയൻ തിയറി അല്ലെങ്കിൽ മൂൺ ഹോക്സ് ഇത് ഒരു മാനസിക അവസ്ഥയാണ് ഈ ഒരു മാനസികാവസ്ഥ നിർമ്മിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ നമുക്ക് നഷ്ടമാവുന്ന സാമ്പത്തികമായും ഊർജം പണം നമ്മുടെ ശ്രദ്ധ നമുക്ക് ആകെ എത്ര വർഷം ജീവിക്കുമെങ്കിലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഒരു സാധനത്തിന്റെ പുറകെ പോവുക ഓക്കെ ലിറ്ററേച്ചർ ആയിട്ട് നിങ്ങൾ എടുക്കുന്നതിന്റെ കുഴപ്പമില്ല നിങ്ങൾക്ക് രമിക്കാനായിട്ട് ഉപയോഗിക്കാം പക്ഷെ ഇത് റിയൽ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് പേരുണ്ട് കുട്ടികൾ അവർക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സമയമാണ് അവർ എന്റെ പുറകെ പോകുന്നത് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെതെന്ന് അറിയണമെങ്കില് ഇലുമിനാറ്റിന്ന് പോയി യൂട്യൂബിൽ നടിച്ച് നോക്കും മലയാളം ഞാൻ ഇന്നലെ ഒറ്റ ഒരു പയ്യൻ തന്നെ നൂറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു പയ്യൻ അതിനകത്ത് മുപ്പതിനായിരം വ്യൂസ് ഒക്കെയാണ് ഒരെണ്ണം ധാരാളം ചോദ്യം ചോദിച്ചതിനായിരം വ്യൂസ് ആണ് ഒരു ഒരു പൊറ വീഡിയോ തേർട്ടി തൗസൻഡ് ഒരു വീഡിയോ മുപ്പതിനായിരം ആവുമ്പോൾ നമ്മൾ ആഘോഷിക്കും ഇതിന് അതിന് ആവശ്യമില്ല ഒറ്റ പയ്യൻ ചെയ്തിരിക്കുന്നതാണ് അവരവങ്ങ് പറയാണ് കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭയെ മറിച്ചിട്ടു അതൊരു പുസ്തകത്തിൽ വന്നൊരു പരാമർശമാണല്ലോ നിങ്ങൾ പറയുന്നത് ഒന്നാമത്തെ മന്ത്രിസഭയെ മറിച്ചിട്ടു ഓക്കെ പുസ്തകത്തിൽ പരാമർശം വന്നു അതുകൊണ്ട് സി ഐ പ്രവർത്തിച്ചിട്ടുണ്ടാവുക അന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്നൊക്കെ കരുതിയായി സോവിയറ്റ് യൂണിയന്റെ മൊത്തത്തിലുള്ള കമ്മ്യൂണിസ്റ്റിനെതിരെ അമേരിക്ക ഒരു യുദ്ധം നടത്തുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആരെങ്കിലും ഒന്ന് കാണുകയോ എന്തെങ്കിലുമൊക്കെ എഴുതുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവോ ശം പുസ്തകത്തിൽ വരികയും ചെയ്തു പക്ഷെ പൊതുവിൽ ഇത് ഇത് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞപ്പോ പിന്നെ ഈ നമ്മൾ പറഞ്ഞ ഒരു വലിയൊരു തിയറിക്ക് പൂർണ്ണ സാധൂകരണമായെന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനകത്തൊരു കാര്യമില്ല ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെക്കെതിരെ അമേരിക്ക പ്രവർത്തിച്ചിട്ടുണ്ട് അതിനകത്ത് അങ്ങനെ ഫണ്ടുകൾ ഗ്ലോബൽ ഫണ്ടിങ് ഇപ്പൊ പ്രവർത്തനങ്ങൾക്ക് ഗ്ലോബൽ ഫണ്ടിങ് കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് പക്ഷെ എല്ലാ ഈച്ച് ആൻഡ് എവറിഥിങ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല മിക്കവാറും പലതും ലോക്കലാണ് ലോക്കൽ ആയതിനെ പോലും ഇന്റർനാഷണലൈസ് ചെയ്യാനായിട്ട് ഈ ഉത്തരം സിദ്ധാന്തങ്ങൾ സഹായിക്കും യുക്തിവാദ പരിവേഷം അതേസമയം തന്നെ യുക്തിവാദി താത്യമായി എതിർക്കേണ്ട ശാസ്ത്രീയ ചികിത്സകൾ വൈരുദ്ധ്യാത്മക ഭൌതികവാദം ജാതി സംവരണം തുടങ്ങിയവയ്ക്ക് വേണ്ടി ബാധിക്കുകയും ചെയ്യുന്നതിനെ ബന്ധപ്പെടുത്താമോ അതെ അതായത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഒരു മാനവികവാദി വൈരുദ്ധ്യാത്മ ഭൗതിക യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം തന്നെയാണല്ലോ മത മതാത്മകമായ ഒരു വിശ്വാസം തന്നെയാണ് അതൊരു ടെസ്റ്റഡ് ആയിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമോ ഒന്നും പൊളിറ്റിക്കൽ തിയറി എന്ന നിലയിൽ ഉപയോഗിക്കുന്നു പക്ഷെ അത് സയൻസ് അല്ല അത് ഒരു സ്വാതന്ത്ര്യ ചിന്തകന് അതിനടിമയാക സാധ്യമാണ് അവൻ ശാസ്ത്രീയ ചികിത്സകളുടെ കാര്യത്തിലും പറയേണ്ട കാര്യമില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സ്വാതന്ത്ര്യ ചിന്തകൻ ദൈവത്തെയോ പ്രേതത്തെയോ അല്ലെങ്കിൽ എതിർക്കുന്ന ചോദിച്ചാൽ ഇവരെ എതിർക്കാനായിട്ടുള്ള ഒരു സമീപന അല്ല ഉള്ളത് അതായത് വി ആർ യൂസിങ് എ ലെൻസ് അല്ലെങ്കിൽ നമ്മളൊരു അരിപ്പ ഉപയോഗിക്കുകയാണ് ഈ അരിപ്പയിൽ തടയുന്ന കാര്യങ്ങളെല്ലാം പുറത്തു പോകും അങ്ങനെ പുറത്തു പോകുന്ന ഒരു സാധനം മാത്രമാണ് ദൈവം കാരണം തെളിവില്ല യുക്തിസഹമല്ല ഭയങ്കരമായിട്ടുള്ള ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട് കൺഫേംഡ് അല്ല വെരിഫൈഡ് അല്ല റിപ്പീറ്റബിൾ അല്ല ഒബ്ജക്റ്റീവ് അല്ല ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ് എടുത്ത് നോക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നതും പുറത്ത് പോകുന്ന ദൈവം പുറത്ത് പോകുന്നതുപോലെയാണ് പ്രേതം പുറത്ത് പോകുന്നത് പ്രേതം പുറത്ത് പോകുന്ന പോലെയാണ് ചാത്തൻ പുറത്ത് എല്ലാം പുറത്തു അതുപോലെയാണ് കോൺസ്പിറസി തിയറീസും പുറത്ത് പോകുന്നത് അതുപോലെയാണ് ഡയലക്ടിക്കൽ മെറ്റീരിയൽസും പുറത്ത് പോകുന്നത് നമ്മളല്ലാതെ ഏതെങ്കിലും തിയറിക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വെച്ച് പോകുമ്പോൾ അതിലൂടെ കടന്നു അതാണ് കാര്യം നമ്മളൊരു മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത് സയൻസ് പോലെ ഒരു മെത്തഡോളജി ഉപയോഗിക്കുമ്പോൾ ആ മെത്തഡോളജിയിലൂടെ ഇത് പാസ് ത്രൂ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അതിന് തീർക്കുന്നത് പിന്നെ ജാതി സംവരണത്തിലെ ജാതിവാദികൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഓരോരുത്തരുടെയൊക്കെ താല്പര്യം അനുസരിച്ചാണ് ചെയ്യുന്നത് അതിനകത്ത് ഇന്നതുപോലെ ചെയ്യണം ചെയ്യരുത് എന്നുള്ളൊരു ഒരു ഒരു വ്യക്തിപരമായൊരു ഇമ്പോസിഷൻ ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല പിന്നെ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ യു ആർ ആസ്കിംഗ് മിയർ ക്വസ്റ്റ്യൻ ജാതിയും മതവും വേണ്ട എന്ന് പറയുന്ന യുക്തിവാദികൾ എന്നോട് ആസ്ക് ഞാനൊരു ഇമ്പോസിഷനായിട്ടോ നിങ്ങൾക്ക് ഒരിതൊന്നും പറയില്ല ജാതിയും മതവും വേണ്ട എന്ന് പറഞ്ഞ് അത് എതിരായി പ്രവർത്തിക്കുന്ന യുക്തിവാദികൾ അവർക്ക് ജാതി സംവരണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ പരിഹാസ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ജാതി സംഘടനകളിലാണ് നിങ്ങളുടെ ജാതിയുമായിട്ടുള്ള പിന്നാക്കാവസ്ഥ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അസ്വസ്ഥജനകമായി തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാം പരിഷ്കരിക്കാം നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ടൊരു ഈഴവ ഈഴവ സമൂഹത്തിൽ ജീവിച്ച് യുക്തിവാദിയായിത്തീർന്ന ആൾക്ക് തോന്നുകയാണ് ഞാൻ മതം നഷ്ടപ്പെടുത്തുന്നത് മതത്തിൻ്റെ സംരക്ഷണം അതിൻ്റെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പദവി പ്രസക്തി ഇതെല്ലാം ഞാൻ വലിച്ചെറിയുന്നു വിവാഹമൊക്കെ രജിസ്റ്റർ മാരേജ് നടത്തുന്നു അതിലുള്ള വെല്ലുവിളികളെല്ലാം ഞാൻ നേരിടുന്നു എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അവരുടെ കുടുംബ സ്വത്ത് എഴുതി വെക്കുന്നില്ല അതെല്ലാം ഞാൻ സഹിക്കുന്നു മതം നഷ്ടപ്പെടുന്നത് മൂലം എനിക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ സഹിക്കുന്നു അതുപോലെ ജാതി ഈ രഹിതനാണ് എന്ന് പറയുന്നത് പല പല നഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ അതെല്ലാം ഞാൻ സഹിക്കുന്നു പക്ഷെ ജാതി പി എസ് മാത്രം എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് വല്ലാത്ത ഒരു നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമാണെങ്കിൽ നിങ്ങളില്ല പണ്ടറി എന്തിനാടാ ചക്കര ഇത്ര ബുദ്ധിമുട്ടി യുക്തിവാദിയാവുന്നു ഈ യുക്തിവാദികളുടെ എണ്ണം കൂട്ടിയിട്ട് ഇപ്പൊ ഒരു പത്തനംതിട്ട കൂട്ടിയിട്ട് പ്രത്യേകിച്ച് ഇവിടെ വലിയ വിപ്ലവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ നിങ്ങൾക്ക് സുഗതരണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തൃപ്തികരമെന്ന് തോന്നുന്ന യുക്തിസഹമാണെന്ന് തോന്നുന്ന ഒരു ജീവിതാരീതിയല്ലേ നിങ്ങൾ അനുവർത്തിക്കേണ്ടത് നിങ്ങൾ യുക്തിവാദിയാണെന്ന് പറയുകയും എസ് എൻ ഡി പി പ്രവർത്തകർ പറയാത്ത മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു എസ് എൻ ഡി പി ചേർന്ന് പ്രവർത്തിക്കൂ എൻ എസ് എസ് ചേർന്ന് പ്രവർത്തിക്കൂ അല്ലെങ്കിൽ ഭീവരസഭയിൽ ചേർന്ന് പ്രവർത്തിക്കൂ അതല്ലേ നല്ലത് അവിടെ ആവുമ്പോൾ രണ്ടും കിട്ടില്ല നിങ്ങളിറങ്ങി ആരാണ്ട് പറഞ്ഞോ യുക്തിവാദി ആകണം ഇത്ര പേഴ്സൻ്റേജ് യുക്തിവാദി ആയിക്കൊള്ളണം എന്ന് നിർബന്ധം വല്ലുണ്ട് ഓർഡർ വല്ലതും ഇറക്കിയോ കുടുംബ സഹിതം നമുക്ക് പറ്റിയ കാര്യം നമ്മൾ ചെയ്യാവൂ കൊക്കൽ ഒതുങ്ങാവുന്നത് എടുക്കാവൂ ഇപ്പൊ ചില പറയും അത് ചില ചില ജാതികൾക്ക് അങ്ങനെ പ്രശ്നമില്ല അല്ലെ മുകളിലുള്ള ജാതികൾക്കെല്ലാം യുക്തിവാദിയാകാം താഴെയുള്ള ജാതികൾക്ക് അങ്ങനെ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്കണം യുക്തിവാദി പ്രവേശനം ഇന്ന ഇന്ന ജാതികളുള്ളവർക്ക് മാത്രം അല്ലേ അതാണ് അതായിരിക്കും അതിന്റെ ഒരു വിത്ത് ഇതൊക്കെ എത്ര പറഞ്ഞു പറഞ്ഞു വന്നാലും ഉണ്ടല്ലേ കഥയില്ലാത്ത കാര്യങ്ങൾ കഥയില്ലാത്തതുപോലെ തന്നെ ഇരിക്കും അതന്നിങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു വെക്കുകയും കൂട്ടിച്ചു വെക്കാനൊന്നും പറ്റില്ല നിങ്ങള് റിലീജിയസ് കാസ്റ്റ് അതേ കണക്കുള്ള എല്ലാ വിഭജന ബോധങ്ങളും ഇല്ലാതായുള്ളൊരു ജീവിതമാണെന്ന് നിങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ താണ്ടെ ഇതൂർ എടുത്തോട്ടെ എന്ന് പറയുന്നത് ചിലര് പറയാം ഞാൻ വീട് വിട്ടിറങ്ങുന്നവൻ എനിക്ക് വേറെ സാധനം എടുക്കാൻ ഉണ്ട് നീ വീട്ടിനിക്ക് നീ വീട്ടു മതത്തിന്റെയും ജാതിയുടെയും സംരക്ഷണവും ആനുകൂല്യങ്ങളും നുകർന്നുകൊണ്ട് നീ വീട്ടു നിന്നെ ആര് നിർബന്ധിക്കുന്നു അടിച്ചിറക്കുകയാണോ ആരെങ്കിലും ഇപ്പൊ യുക്തിവാദം ഇറങ്ങി ഇപ്പൊ യുക്തിവാദി ആവടാ എന്ന് പറഞ്ഞോ ആരും പറഞ്ഞില്ലല്ലോ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മസ്തിഷ്കരം ഏ അത് ഈ ഇലൂമിനാറ്റി മോഡലാണ് ഞാൻ പറയും ഇതൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇത്ര ഒരു വർഷം ഇത്ര യുക്തിവാദികൾ ഉണ്ടായിക്കൊള്ളണമെന്നുള്ള നിയമവും ഇല്ല നിങ്ങളെ ആരും നിർബന്ധിക്കുന്നുല്ല യുക്തിവാദം എന്ന് പറയുന്നത് ഇതാണ് സാധനം ഞാൻ ആദ്യം മതം ഇതൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല നിങ്ങൾ ആ വീട് വിട്ടിറങ്ങുകയാണ് കൊറേ കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്നിട്ട് ഞാൻ ഇത് ഈ സാധനം പി എസ് ഒരു സംവരണം അതായത് വലിയ കാര്യൊന്നുമില്ല ബി സി രണ്ടായിരത്തി അഞ്ഞൂറിൽ ഞാൻ എന്റെ അഭിപ്രായം എന്നോട് ചോദിച്ചല്ലേ യുക്തിവാദികളെല്ലാം അങ്ങനെ ആവണം എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല കേട്ടോ ഒരു നിർബന്ധമില്ല ഇറ്റ്സ് അപ് ടു സ്റ്റിൽ യു ആസ് മി എ കൊസ്റ്റിൻ സ്ട്രേറ്റ് ഇൻ മൈ ഫേസ് ഐ വിൽ റെസ്പോൺ ദിസ് വേ ദിക് ഓൾ ബി സി രണ്ടായിരത്തി അഞ്ഞൂറിൽ population പോപ്പുലേഷൻ ആൻഡ് വേൾഡ് പോപ്പുലേഷൻ ഇവയെ പറ്റി ഒരു ധാരണ തരുമോ വേൾഡ് പോപ്പുലേഷൻ ഒരു ബിസി രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു ആയിരത്തി മുന്നൂറ് കോടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കോടിയിൽ സെറ്റിൽ ചെയ്യുമെന്ന് പിന്നെ താഴോട്ട് വരുമെന്ന് ഇപ്പൊ എഴുന്നൂറ്റി അമ്പത് കോടി വരെ ഉണ്ട് ബി അതെങ്ങനെയാ ചോദ്യം വന്നത് ഇത് ബി സി ഉദ്ദേശിച്ചത് ഞാൻ ഏടിയായിട്ടാണ് വായിച്ചത് ബി സിന്നാണ് എഴുതിയിരിക്കുന്നത് ബി സി രണ്ടായിരത്തി അഞ്ഞൂറിൽ ഇന്ത്യൻ പോപ്പുലേഷൻ ആൻഡ് വേൾഡ് പോപ്പുലേഷൻ ബി സി ഒന്നാമത് ഇന്ത്യ ഇല്ല ഇന്ത്യ വേൾഡ് പോപ്പുലേഷൻ ഉണ്ടാവും പോപ്പുലേഷൻ പറയുമ്പോ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് വേൾഡ് പോപ്പുലേഷൻ നൂറ് കോടി കിടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് ആയിരത്തി അത് ഇരുന്നൂറ് കോടി ഫസ്റ്റ് ടൈം ക്രോസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് മുന്നൂറ് കോടി ആവുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അത് രണ്ടായിരത്തി ആറിൽ അറുന്നൂറാവുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുന്നൂറ് കോടി ആകുന്നു ഇപ്പോൾ എഴുന്നൂറ്റി എൺപത് കോടിയാവുന്നു ഈ ഒരു സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക ജനസംഖ്യയുടെ ഏഴരട്ടി കണ്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ ഏഴരട്ടി വർദ്ധിച്ചതിൽ ലോകത്തുള്ള ജനങ്ങളെല്ലാം ഉണ്ടായത് കഴിഞ്ഞ ഇരുന്നൂറ് വർഷം കൊണ്ടാണെന്ന് പറയേണ്ടി വരും കാരണം എന്തൊക്കെയാണ് ജൈവ കൃഷി പ്രകൃതി ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ലോകത്തുള്ള പോപ്പുലേഷൻ ഇത്ര വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെ ഇരുനൂ നൂറ് കോടി ക്രോസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ പുറകോട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എടി പത്താം നൂറ്റാണ്ട് വരുമ്പോൾ നമ്മൾ നൂറ് കോടിയിൽ വളരെ കുറവാണ് ഒരു എഴുപതോ എഴുപത്തഞ്ചു കോടി ഇന്നിങ്ങനെ പോകുമ്പോൾ ക്രിസ്തുവിന്റെയൊക്കെ ഒരു കഥയുണ്ടായ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി ആയിരിക്കാനാണ് സാധ്യത ബി സി രണ്ടായിരത്തി അഞ്ഞൂറ്ന്ന് പറയുമ്പോ അതിലും കുറവായിരിക്കും നമുക്കറിയാം മനുഷ്യൻ ഇങ്ങനെ പെരുകി വരുന്ന ഒരു ജീവിയാണ് എത്ര കോടിന്ന് ഞാൻ എങ്ങനെയാണ് ഒരു പ്രൊജക്ഷൻ വെച്ച് പറയാം പക്ഷെ അത് എന്താ വായിത്തു എന്തെങ്കിലും പറഞ്ഞ കാര്യല്ലോ എന്തായാലും ആ ഇല്ല അങ്ങനെ ഒരു സാഹസം ഞാൻ കാണിക്കാറില്ല എന്തായാലും നൂറ് കോടികൾ പോലും ഉണ്ടാവാൻ വഴിയില്ല നൂറ് കോടികൾ ഫസ്റ്റ് ക്രോസ് ചെയ്യുന്ന ആ സമയത്താണ് യുക്തിവാദ പരിവേഷമാണ് ഈ പറഞ്ഞു ലിറ്ററേച്ചർ മീൻസ് സോഷ്യൽ ഡിസ്കോഴ്സ് എന്നല്ലേ അത് പ്രകാരം സാഹിത്യം പറയുന്ന ഇൻഡയറക്റ്റായ സത്യങ്ങൾ തന്നെയല്ലേ ലിറ്ററേച്ചർ സാഹിത്യം പറയുന്നതല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സത്യങ്ങൾ തന്നെ ആകണമെന്നില്ല ലിറ്ററേച്ചർ ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ട് ആൻഡ് ഡിലൈറ്റ് എന്ന് പറയുന്നതിൽ ഡിലൈറ്റ് ഉള്ള ആസ്പെക്ട് ഇപ്പോൾ ഹാരി പോട്ടർ എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ഭ്രമിപ്പിക്കുന്ന സാഹിത്യമാണ് അതിനകത്ത് പറയുന്നത് സത്യങ്ങളാണോ പല പല കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ ഉണ്ട് സയൻസ് ഫിക്ഷൻ ഇനി കാര്യങ്ങളെ കുറിച്ച് പ്രവചനാത്മകമായി പറയുന്നു മൂവീസ് ഉണ്ട് ഇപ്പോ നോലൻ്റെയൊക്കെ ചിത്രങ്ങൾ അതിനകത്തൊക്കെ കുറെ പ്രഡിക്ഷൻസ് നടന്നുണ്ട് അതൊന്നും നിലവിലുള്ള സത്യങ്ങളോ വസ്തുതകളോ ആവണമെന്നില്ല പിന്നെ ജീവിതത്തിൽ നിന്ന് കീറിയെടുത്ത ചീന്തിയെടുത്ത ഒരു ഏട് അതിന്റെ ഈ അരികുകളിൽ രക്തം കിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ജീവിത ഗന്ധിയായ പ്രമേയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ജീവിതഗന്തിയായ പ്രമേയങ്ങളായാലും വസ്തുതകളായാലും അതേ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ജേർണലിസം ആയി പോകും ഒരു വസ്തുത ഒരു സംഭവം അപ്പടി അവതരിപ്പിക്കുമ്പോൾ അത് ജേർണലിസം ആവുകയും അതിനകത്ത് പൊടിപ്പും തോങ്കിലും വക്രോക്തി എന്നുള്ളതാണ് കുന്തകൻ കവിതയെക്കുറിച്ച് ആർട്സിനെ കുറിച്ച് വക്രോക്തി എന്ന് പറഞ്ഞാൽ വളച്ച് കെട്ടി പറയണം ഇപ്പൊ നിങ്ങൾക്കൊരു പ്രണയപരാജയമായിരിക്കും നിങ്ങൾ ആദ്യം എഴുതുന്നത് സൗരയൂഥം അസ്തമിച്ചു ഫസ്റ്റ് ലൈൻ അതെന്ന് വെച്ചാൽ സൗരവിധം വസ്തവിച്ച പിന്നെ എങ്ങനെ എഴുതുന്നത് എന്നില്ല ഒരു സത്യത്തെ തന്നെയാണ് പ്രതിഫലിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സൗരവിധം അവിടെ തീരുകയാണ് കൊളാപ്സ് ചെയ്യാണ് ഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചു പക്ഷെ സത്യമാണത് നിങ്ങളാ പറഞ്ഞ സത്യം എന്നുള്ള വാക്ക് വസ്തുതയുണ്ട് പക്ഷെ ആ വസ്തുതയുടെ ആ പ്രതിഫലനം വ്യത്യസ്തമായ ചിലപ്പോൾ സത്യം തന്നെ വേണമെന്നില്ല നമുക്കൊരു ഒരു കൊട്ടാരം തന്നെ ഉണ്ടാക്കാം ഭാവനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാം അപ്പൊ എല്ലായ്പ്പോലും സത്യത്തെ സാഹിത്യം പ്രതിഫലിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറയാറുള്ളത് ക്ലാസ്സുകളിൽ പറയാനുള്ള ഒരു കാര്യം കല എന്ന് പറയുന്നത് കള്ളമാണ് എന്നാണ് കല സത്യമായി കഴിഞ്ഞാൽ പിന്നെ പോയി എന്നുള്ളതാണ് സത്യം ഉണ്ടാകാം പക്ഷെ ആ സത്യം എന്ന് പറയുന്നത് നമുക്ക് സംസ്കരിച്ചെടുക്കേണ്ട സത്യമാണ് സത്യം പറയൽ അല്ല അങ്ങനൊരു ബാധ്യതയല്ല കല പലതും സത്യമായി വരാം അങ്ങനെയാണ് അതൊരു കോംപ്ലക്സ് ഏരിയയാണ് ലോകത്തെ എല്ലാ തീരുമാനങ്ങളും നിഗൂഢമായി നിശ്ചയിക്കപ്പെടുകയും സാമാന്യമായി പ്രഖ്യാപിക്കപ്പെടുകയും സത്യമല്ല രാഷ്ട്രീയമോ മതമോ കുടുംബമോ എന്തായാലും ഈ ഇലൂമിനാറ്റി അല്ല ഇലൂമിനാറ്റി അല്ല യാഥാർത്ഥ്യമാണ് എന്താണ് ഭയങ്കര ആവേശത്തോടെ ഇത് ചർച്ച് ഓഫ് ഡെബിൾ ഇലൂമിനാറ്റിയുടെ ഭാഗമാണോ കേരളത്തിലുള്ളതായി കേൾക്കുന്നു ഇവിടെ ഈ ഇതെല്ലാം തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി ബ്ലാക്ക് മാസും മറ്റേ വൈറ്റ് മാസും യെല്ലോ മാസം എല്ലാം ഒറ്റ മാസമാണ് കേട്ടോ ഇതെല്ലാം തന്നെ ഈ ഭക്തനായിട്ടുള്ള വിശ്വസിക്കുന്ന ആളുകൾ എന്തൊക്കെയോ പ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ അവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങളും ജീവിതത്തിൽ മെച്ചപ്പെട്ട അനുഭവങ്ങളും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അതൊരു അന്ധവിശ്വാസത്തിന് അടിച്ചത് ചെയ്യുന്നതാണ് ബ്ലാക്ക് മാസ് ഈസ് നോ വേ ഡിഫറെ ഫ്രോം വൈറ്റ് മാസ് ഇഫ് അറ്റ് ഓൾ ഇസ് എ വൈറ്റ് മാസ് അതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ യാതൊരു വ്യത്യാസമില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെന്ന് ചോദിച്ചാൽ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ നിങ്ങൾ പൂക്കൾ വെച്ച് തെച്ചിപ്പൂക്കൾ എന്തിനാ ഉപയോഗിക്കുന്നത് നമുക്ക് വേണം തെച്ചിപ്പൂക്കൾ രക്തകണങ്ങളായിട്ടാണ് സങ്കല്പിക്കുക അങ്ങനെയൊക്കെ സങ്കല്പിച്ച ദേവതമാർ ചിലതിനകത്ത് തെച്ചിപ്പൂ ഒഴിവാക്കും അപ്പം അവിടെ അതിൻ്റെ ആവശ്യമില്ല നോൺ വെജിറ്റേറിയൻ ഒക്കെ ഒഴിവാക്കുന്ന പൂജ പല പല പൂജകളൊക്കെ ഉണ്ട് അപ്പൊ ഇതെന്റെ എല്ലാ അടിസ്ഥാനം എന്താണ് എനിക്ക് വല്ലതും തടയണം ഇതല്ലേ എല്ലാ പൂജയുടെയും കർമ്മങ്ങളുടെയും ക്രിയകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ആൾക്ക് ചെയ്യുന്ന ഗ്രൂപ്പിന് ശ്രേയസ്കരമായി എന്തെങ്കിലും വേണം ഒരു നീട്ടിപ്പിടിച്ച കൈ ആണ് എല്ലാ മതക്രിയകളും അത് ബ്ലാക്ക് മാജിക് ആയാലും അല്ലെങ്കിൽ വിരിച്ചിട്ടിരിക്കുന്ന ഒരു തോർത്ത് അതാണ് അത് ബ്ലാക്ക് മാജിക്ക് വൈറ്റ് മാജിക്കോ ഒന്നുമല്ല ഇങ്ങനെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ പല പല ക്രിസ്ത്യാനികൾ പല പല പല പല ആശയങ്ങളാൽ പ്രചോദിതരാണ് അതിൽ മദ്യപര് പോലെയാണ് ചിലര് ജിന്നടിക്കും ചിലർ റമ്മടിക്കും ചിലര് വോട്ട് കെ അടിക്കും ചിലർ വെട്ടുരുമ്പ് അടിക്കും പല പല അടിക്കും എല്ലാവരും അടിക്കും എല്ലാം ഒറ്റ തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് അല്ല ബ്ലാക്ക് മാസ് നടത്തുന്നവരും എല്ലാം കൂടെ നിങ്ങൾ ഒന്നുമില്ല ബ്ലാക്ക് മാസ് നടത്തുന്നവരും വൈറ്റ് മാസ് നടത്തുന്നവരും ആലഞ്ചേരി എല്ലാം ഒറ്റയായിട്ടുമാണ് അല്ലാതെ ആലഞ്ചേരി ആലഞ്ചേരിയും ടീമും ചെയ്യുന്ന എന്തോ വലിയ സംഭവവും മറ്റേ ബ്ലാക്ക് മാജിക്ക് മുറിയിൽ അടച്ചിരുന്ന് ചെയ്യുന്ന ആൾ മോശവും എന്നുള്ള ഇതില്ല എല്ലാം ഒരൊറ്റയായിട്ടും ഒറ്റച്ചരക്ക് എന്ന് ഞാൻ അഞ്ചു വർഷത്തിനുമുമ്പ് പറഞ്ഞു അത് വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ ഹൈന്ദവ സംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തെ ഇലൂമിനാറ്റിയായി കാണ കാണുന്നുണ്ടോ ചോദ്യം ഇതൊക്കെ തന്നെ ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഹൈന്ദവ ഇലൂമിനാറ്റി അല്ല ഇലൂമിനാറ്റിക്കാർ പറയുക മൊത്തത്തിൽ പറയുന്നത് ഇന്ത്യ മുഴുവൻ എലുമിനാറ്റിയുടെ കയ്യിലാണെന്നാണ് നോട്ട് മറ്റു കാര്യങ്ങള് ട്രെയിൻ അപകടങ്ങളുടെ ഒക്കെ പിന്നിൽ ഇലൂമിനാറ്റിയാണ് ലേറ്റസ്റ്റ് പിന്നെ ഈവൻ ഈ വാതുവെപ്പ് അതിന്റെ പിന്നിൽ ഇലൂമിനാറ്റിയാണ് പിന്നെ ചില നടിമാരൊക്കെ കയറി കയറി വരുന്നില്ലേ പെട്ടെന്ന് ധൂമഗേതുവിനെ പോലെ എങ്ങനെ ധൂമഗേതു അല്ലല്ലേ എന്തൊരു ഗേതുവാണ് വാൽനക്ഷത്രം ആ അതേപോലെ ഇങ്ങനെ പെട്ടെന്ന് കേറി വരുന്നു പെട്ടെന്ന് ചില പടങ്ങളൊക്കെ വിജയിക്കുന്നു അവര് കാരണം ഇലൂമിനാറ്റിയാണ് എന്റെ ജസ്റ്റ് ഇപ്പൊ ഒരു കണ്ണ് വിങ്ക ചെയ്തൊരു കുട്ടിയായി വന്നില്ലേ ആ പ്രിയ പ്രിയ അതിന്റെ പിന്നിൽ ഇലൂമിനാറ്റിയാണെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു അരിച്ചോ അതുപോലും അറിയുന്നതിന് ഇപ്പൊ പെട്ടെന്ന് അങ്ങ് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് അങ്ങ് പോവുകയാണ് എങ്ങനെ പോയി നിങ്ങൾക്കൊരു മറുപടി ഉണ്ടോ കൃത്യമായ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ പോവോ അടുത്ത ചോദ്യം ഇവിടെ എത്രയോ പേര് സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ പടം ഇറങ്ങിയിട്ട് പോലും ഈ പടം പൂർത്തീകരിക്കാൻ ഇലും സമ്മതിക്കുമോ അടുത്ത ചോദ്യം ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് എനിക്കിങ്ങനെ ചിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ സംഭവം പക്ഷെ ഇത് കാണുക ആളുകളിരുന്ന് കുത്തിയിരുന്ന് കുത്തി ഇതിനകത്ത് പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ അത്യാവശ്യം ചിലവ് നടന്നു പോകില്ലേ ഞാൻ പറഞ്ഞു ഇതല്ല ബിൽഗേറ്റ്സിന്റെ മകന്റെ ആയിട്ടുള്ള വിവാഹം പോലെയാണ് അല്ല മകളുമായിട്ടുള്ള വിവാഹം പോലെയാണ് ഇത് എല്ലാം എല്ലാം എറിലാണ് നിൽക്കുന്നത് എല്ലാം ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് വിവരം എന്തെങ്കിലും ഉണ്ടോ ഒരു കാര്യമുണ്ട് ഇത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു രസമാണ് നമുക്ക് വളരെ എൻജോയ് ചെയ്തിരുന്ന് ചെയ്യാൻ പറ്റും മറ്റേ തന്നെ ഇണക്ക് ബഹളമൊന്നുമില്ല വെരി സിൻറ്റ എല്ലാ ബഹളമല്ലോ എല്ലാ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും എല്ലാത്തരത്തിലൊക്കെ അറിയാം നമ്മൾ ഇതെല്ലാം നമ്മൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് എവരി സബ്ജക്ട് എവരി ഏരിയ എവരി ഇവൻറ്റ് യു കൻ ഗോ ത്രൂ കോഴിക്കോട് ആയതുകൊണ്ട് വിഷയം മാറ്റിയതാണോ എന്ന് ചോദിച്ചാൽ എന്ത് വിഷയമായിരുന്നു വരേണ്ടിയിരുന്നത് കോഴിക്കോട് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഞാൻ കോഴിക്കോടിനെ ഒരു കാര്യം പറഞ്ഞാല് ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള സ്ഥലം കോഴിക്കോടാണ് ഞാൻ ആദ്യത്തെ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള കോഴിക്കോടാണ് വിനീതിന് ഇവിടെ ഉണ്ടെങ്കിൽ വിനീതനോട് ചോദിച്ചറിയാൻ കഴിയും ഞാൻ ആദ്യമായിട്ടൊരു പരിപാടി രണ്ടായിരത്തി പത്തിൽ അവതരിപ്പിക്കുന്നത് കോഴിക്കോടാണ് അതിനുശേഷം ഞാൻ ഇസ്ലാം അഹോബി എന്ന് പറഞ്ഞൊരു പരിപാടി കോഴിക്കോട്ട് ചെയ്തിട്ടുണ്ട് സ്വന്ത ലോകത്തിന് വന്നിട്ടുണ്ട് പിന്നെ നഴ്സുമാരുടെ ഒരു വിഷയമായിട്ട് വന്നു തോന്നിയിട്ടുണ്ട് വടകര വന്നിട്ടുണ്ട് കൊയിലാണ്ടി വന്നിട്ടുണ്ട് വയനാട്ട് വന്നിട്ടുണ്ട് വയനാട്ടിന് മുന്നേ വന്നിട്ടുണ്ട് രണ്ടാം പ്രാവശ്യം കോഴിക്കോട് തന്നെ പല പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ജില്ലയാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അത്രയും വരുന്നില്ല എന്നേ ഉള്ളൂ കോഴിക്കോടിനു വേണ്ടി ഞാൻ ഒരു സബ്ജെറ്റ് ഉണ്ടാക്കുകയില്ല വേണ്ടി ഒരു സബ്ജെക്റ്റ് മാറ്റുകയില്ല ഒരു സ്ഥലത്തിന് വേണ്ടി മാറ്റില്ല അങ്ങനെ ഒരിടത്തും പറയാൻ പറ്റാത്ത ഒരു കാര്യം ഇല്ല എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും എന്താ ഞാൻ പറഞ്ഞേ ഉള്ളൂ എങ്ങും അവരിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല ഒരിടത്ത് മാത്രം അവതരിപ്പിക്കാൻ കഴിയുന്ന ഉദാഹരണമായിട്ട് കേരളാ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പാലയിൽ മാത്രം പറയാൻ കഴിയുന്ന ഒരു പ്രസംഗം എന്റെ ഇല്ല അവസരവാദം എന്ന് പറയുന്നത് ശരിയാണല്ലോ ഉദാഹരണമായിട്ട് നമ്മൾ ഓരോ അവസരത്തിനനുസരിച്ചാണല്ലോ ഓരോന്നും കല്യാണത്തിന് പോകുമ്പോൾ മുണ്ടെടുത്തുകൊണ്ട് പോകുന്നു അല്ലേ അവരുടെ അടുത്ത് പോകുമ്പോ ജീൻസ് ഇട്ടുകൊണ്ട് പോകുന്നു ഓരോ സമയത്ത് രാവിലെ പ്രഭാത ആവശ്യപ്പെടുന്നു ഉച്ചയ്ക്ക് കട്ടിക്ക് ആവശ്യപ്പെടുന്നു പുറത്ത് പോകുമ്പോ സൂട്ടിടുന്നു അല്ലേ ഓരോരോ അവസരങ്ങൾക്കനുസരിച്ചാണ് അങ്ങനെ ഒരു ധാരണയുണ്ട് അല്ലാതെ നിങ്ങള് പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു പ്രസംഗമില്ല സദസറിഞ്ഞ് ഞാൻ പ്രസംഗിക്കാറേ ഇല്ല പ്രസംഗിക്കണം അല്ലെങ്കിൽ തട്ട് കിട്ടുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെ പ്രസംഗിക്കാറില്ല അങ്ങനെ അത്ര അട്രോഷ്യസായിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ലല്ലോ താല്പര്യം ഉണ്ട് കേക്ക് ഓ പിന്നെ മാത്രമല്ല ഈ വിഷയങ്ങളൊന്നും ഒരു ജീവൻ ഭരണ പോരാട്ടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല എന്നെ സംബന്ധിച്ച് ഒരു വിഷയം പറയുന്നു അതിനതിൻ്റെ മാത്രം പ്രാധാന്യമുള്ളൂ ഞാൻ ഈ ലോകത്തെ മാറ്റിമറിക്കാനോ ആ വിഷയത്തിൽ അന്തിമമായ തീരുമാനം എടുക്കാനോ അവതരിച്ച ആളെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നില്ല ഒരു കാര്യം പറയുന്നു അത്രേ ഉള്ളൂ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു നിങ്ങളെല്ലാം ചിരിക്കുന്ന മുഖങ്ങൾ ഇത്രയും എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം